പ്രദേശം മുഴുവൻ ഭക്ഷണം അത് ഇത് പഴം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ ബോർഡ് വെച്ചു ഞങ്ങൾ ചുമ്മാതിരിക്ക് സ്വാമിക്ക് ധാരാളം കൊടുത്തോളാം ഇനി നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് കാരണം അമ്പലത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലേ മറ്റു നല്ല ഉപദ്രവാണ് നാട്ടുകാരുള്ള പഴം അത് ഇതൊക്കെ പാവം കഴിക്കട്ടെ വെച്ചിട്ട് ഒരിക്കൽ കൊണ്ടു പിന്നെ അവിടുന്ന് എടുക്കാനും പാടില്ലല്ലോ മനുഷ്യന്റെ വിശ്വാസം അങ്ങനെയല്ലേ ദൈവത്തിന് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കില്ലല്ലോ നമ്മുടെ വീട്ടിലല്ലാതെ അമ്പലത്തിൽ കൊണ്ടുവച്ചെടുക്കോ വീട്ടിൽ നമുക്കറിയാം നമ്മൾ കൊണ്ടുവച്ച് അപ്പെടുക്കേണ്ടതാണെന്ന് അല്ലെ പോലെ വേറെ വല്ല ഒരു ഏരിയയിൽ അർപ്പിക്കും അധിക നേരം അവിടെ വെക്കില്ല അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നാലും അദ്ദേഹം നോക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം നോക്കിയിരിക്കും പക്ഷെ ആ റിസ്ക് നിങ്ങൾ എടുക്കണ്ട അതിനൊക്കെ സ്റ്റേജുണ്ട് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ആർക്കും ഇട്ട് കൊടുക്കുക ഭഗവാനെ വിട്ടുകൊടുക്കുക ഇപ്രകാരം ആരിൽ നിന്ന് പഠിക്കണം ആരിൽ നിന്നാണ് പഠിക്കേണ്ടത് പെരുമ്പാമ്പിൽ നിന്ന് പഠിക്കണം പിന്നീട് ഞാൻ പഠിച്ചത് ആരാണ് സിന്ധുവത്യാമഗാഥ സിന്ധുവിനെപ്പോലെ അഗാധതയിലേക്ക് പോകണം എന്ന് ഞാൻ പഠിച്ചു സിന്ധുവിനെപ്പോലെ അഗാധതയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കടലിൽ പോയി ചാടണമെന്നാണ് അർത്ഥം അല്ല പിന്നെന്താർത്ഥം ഒരു കടലിന്റെ ആഴം കടലിന്റെ മുകൾത്തട്ടിലാണ് ഈ തെരമാലകളും പ്രക്ഷുബ്ധതകളും കടലിന്റെ ഉള്ളിൽ യാതൊരു ഈ നടുക്കടലിലേക്ക് നമ്മൾ പോകുന്നവരുണ്ടല്ലോ തിരമാലകൾ വളരെ കുറവായിരിക്കും ശാന്തമാണ് അധികം ഈ കടൽ തീരത്താണ് തരമാലകൾ വെച്ചടിച്ച് തകർക്കുന്നത് കടലിന്റെ നടുഭാഗം അധികം തിരമാലകളില്ലാത്ത സ്ഥലങ്ങളാണ് ശാന്തതയാണ് ഇതുപോലെ നമ്മൾ കടലിന്റെ ആഴത്തിലേക്ക് പോകുന്നത് ഉള്ളിലേക്ക് പോകുന്നതുപോലെ നമ്മുടെ മനസ്സിന്റെ ുള്ളിൽ അറകളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം നമ്മൾ ഭൂരിപക്ഷം ആളുകൾ നിൽക്കുന്നത് മനസ്സിന്റെ പെരിഫറിയിലാണ് പുറംഭാഗത്താണ് നമ്മളതിന്റെ എങ്ങോട്ട് കടക്കണം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു ധ്യാനത്തിലൂടെ മനസ്സിനെ നാം ഭഗവാനിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയും മനസ്സിന്റെ ഉള്ളിൽ ഒരു ശാന്തതമുണ്ട് മനസ്സ് കടലുപോലെയാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനുണ്ടല്ലോ എവിടെയാണ് തുടക്കം എവിടെയാണ് അവസാനം അറിയില്ല ഉണ്ടോ ആകാശം പോലെ നമ്മുടെ മനസ്സും വിസ്തൃതമാണ് അതിനും ഒരു ആഴമുണ്ട് കൂടുതൽ ആളുകൾക്കും ആ ആഴം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണ് എപ്പോഴും അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുന്നത് പുറത്താണ് അവർ നിൽക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടു ഭാഗത്തേക്കും വരാൻ സാധിക്കണം മത്സ്യത്തെപ്പോലെ നമ്മൾ ജീവിക്കണം ആഴത്തിലേക്കും പോകാൻ പറ്റണം മുകളിലേക്കും വരാൻ സാധിക്കും ലൗകിക ജീവിതത്തിൽ ജീവിക്കും കുറച്ച് പ്രക്ഷുബ്ധതയൊക്കെ വേണം അല്ലേ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നാൽ അതേസമയം നമുക്ക് എവിടേക്കും പോകാൻ പറ്റണം ഇതിനെ പറയും പ്രവൃത്തി നിവൃത്തി എന്ന് പറയും പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉപരിഭാഗത്ത് നിൽക്കുന്നതിനെയാണ് പ്രവൃത്തി പറയുക എന്നിട്ട് വ്യാപൃതരാകും അതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് നിവൃത്തി ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു വേണ്ട യു ആർ ഡൂയിങ് ഇറ്റ് എവരി ഡേ എപ്പോ ഉറക്കത്തിൽ നിങ്ങൾ മനസ്സിന്റെ അഗാധതയിലേ നിങ്ങൾ പോകുന്നുണ്ട് എത്രയൊക്കെ പ്രക്ഷുബ്ധതയും എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഉറക്കത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾ പറയാറില്ലേ എന്താ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെയുള്ള ഉറക്കം അപ്പൊ മനസ്സിനൊരു ഏതവസ്ഥയുണ്ട് ഒരു ഡീപ്പ് അവസ്ഥയുണ്ട് ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് എല്ലാ പ്രക്ഷുബ്ധതയും മനസ്സിൽ നിന്ന് വിട്ട് ശാന്തമായി കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ ഇതൊക്കെ തുടക്കക്കാർക്ക് സാധ്യമല്ല അവർ ശാന്തതയിലേക്ക് പോകുമ്പോഴേക്കും അവർ വളരെയധികം ശാന്തതയിലേക്ക് പോകും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഉറക്കം വേണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ശാന്തതയിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വന്നിട്ടില്ലേ അപ്പൊ അവർക്ക് എന്ത് വേണം ശാന്തത കിട്ടാൻ നാമജപം അതുപോലെ തന്നെ പൂജകൾ ഹോമങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം ആർക്ക് പ്രക്ഷുബ്ധതയിൽ നിന്നും ശാന്തതയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകേണ്ട ആൾക്കാർക്ക് ഒരിക്കൽ നിങ്ങൾ ആ റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ശാന്തതയിൽ ഇരിക്കാൻ സാധിക്കും ചെറിയ കുട്ടികളെ നോക്കൂ നിങ്ങൾ പ്രസവിച്ചു വന്ന കുട്ടികൾക്ക് കണ്ണു തുറന്നു കിടക്കുമ്പോഴും നല്ല ശാന്തിയാണ് കാരണം അവരാ മനസ്സിന്റെ പുറംഭാഗത്തല്ല നിൽക്കുന്നത് മനസ്സിന്റെ അകംഭാഗത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ചിന്തകളില്ല ശാന്തതയാണ് ഇപ്രകാരം ഞാൻ പഠിച്ചു പിന്നീടോ രോഷിതാദോഷിക്കിന് ചിലപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് അടുത്തത് ഞാൻ പഠിച്ചത് ആരെന്നാണ് യോഷിദാദോ എവിടെയാണ് ശിഗിരി ശലഭവ ഒരു ശലഭത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് തീയെ കണ്ടാൽ ചാടുന്ന ഒരു ശലഭം പോലെ ഇവിടെ യോഷിതാദോ ഒരു സ്ത്രീയെ അഗ്നിയേറ്റ് ചിത്രീകരിക്കാണ് അഗ്നിയിലേക്ക് ഞാൻ ചാടരുത് എന്ന് വെച്ചാൽ എന്താർത്ഥം അമിതമായ ഒരു ബന്ധം ആരോടും പുലർത്തരുത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീക്ഷണമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഭാര്യ ഭത്ത് ബന്ധങ്ങളൊക്കെ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നത് ഒരാളോടും അമിതമായൊരു ബന്ധം ഈ ലോകത്തിൽ നമുക്ക് പുലർത്താൻ സാധ്യല്ല ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവനവന്റേതായിട്ടുള്ളൊരു യാത്രയുണ്ട് അതുകൊണ്ട് ജീവിതത്തിന് മൂന്ന് സ്റ്റേജുകൾ പറയും ഒന്നാമത്തെ സ്റ്റേജാണ് അച്ഛനമ്മമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജീവിതം കുട്ടിക്കാലങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റേജാണ് ഭർത്താവ് മക്കൾ തുടങ്ങിയിട്ടുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ജീവിതം മൂന്നാമത്തത് മരണത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ജീവിതം ഈ മരണത്തെ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൽ ഈ പറഞ്ഞവരൊന്നും കൂടെയില്ല അപ്പൊ മരണത്തെ അഭിമുഖീകരിക്കുന്നതിന് ശരീരം തയ്യാറാവുന്നതിന് മുമ്പ് മനസ്സിനെ എന്തു ചെയ്യണം ബാക്കിയുള്ളവരിൽ നിന്നും അകറ്റിക്കൊണ്ടുവന്ന് പിന്നെ നിങ്ങൾ അത് പറഞ്ഞിരുന്നാൽ കുടുങ്ങിപ്പോയി കാരണി മരണത്തിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ബന്ധത്തിലേക്കാണ് പോകുന്നത് മരണം കാത്തിരിക്കുകയാണ് നമ്മള് ബന്ധം സ്വീകരിക്കാനായിട്ട് നേരത്തെ അച്ഛനമ്മമാരെ സ്വീകരിക്കുന്ന കുട്ടിയെ സ്വീകരിക്കാൻ അത് കഴിഞ്ഞ് ഭർത്താവ് തയ്യാറാവുന്നു സ്വീകരിക്കാൻ അവസാനം മരണം തയ്യാറാവുന്നു സ്വീകരിക്കാൻ ശരിയല്ലേ നോക്കൂ ജീവിതം ഇപ്പൊ മരണം സ്വീകരിക്കാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ ഭർത്താവ് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഭർത്താവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മമാരിൽ നിന്ന് ബന്ധം വിടും അവരിൽ നിന്ന് ബന്ധമകന്നു മരണം സ്വീകരിക്കുമ്പോഴോ ഇവൻ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ബന്ധമാകും അപ്പൊ മരണം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചറിയണം മനസ്സ് ആരിലേക്ക് എത്തിക്കൊള്ളണം ഭഗവാനിലേക്ക് അതുകൊണ്ട് അമിതമായൊരു അറ്റാച്ച്മെന്റ് ഇവിടെ ആരോടും കാണിക്കാൻ സമ്മതിക്കരുത് പിന്നീട് ഞാൻ പഠിച്ചത് ബൃങ്കവസാരവ ആരിൽ നിന്ന് പഠിക്കണം ഒരു ബൃങ്കത്തിൽ നിന്ന് തേനീച്ചയിൽ നിന്ന് പഠിക്കണം തേനീച്ച പൂവിൽ ഇരിക്കുമ്പോഴും പൂവിന്റെ ആകർഷണത്തിലും അതിന്റെ സൌന്ദര്യത്തിലും നോക്കി നിൽക്കുന്നത് അതിനുവേണ്ടത് തേനാണ് ഇതുപോലെ നമ്മൾ ഈ ലോകത്തിന്റെ സുഖത്തിലും ലോകത്തിന്റെ കുടുംബജീവിതത്തിന്റെ രസത്തിലും ഇരുന്ന് ജീവിക്കരുത് അതിന്റെ ഉള്ളിലൊരു രസമുണ്ട് ചിന്തനമുണ്ട് തത്വമുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചിരിക്കുന്നു നമ്മൾ ജീവിക്കുന്നു നമ്മളൊരു ദിവസം മരിക്കുക എന്നുള്ളൊരു സാരം ഒരു തത്വം ഇവിടെയുണ്ട് ഇപ്പൊ ജനനം ജീവിതം മരണം എന്നതാണ് പ്രകൃതിയുടെ നിയമം ഇവിടെ നമ്മൾ നോക്കിയിരുന്നാലും ഇതൊക്കെ സംഭവിക്കും ഇപ്പൊ ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കറങ്ങുന്നൊരു വീലുണ്ടല്ലോ ജയന്റ് വീല് സർക്കസുകാരൊക്കെ കൊണ്ടുനടക്കുന്നത് അപ്പൊ അതിലിരുന്നു കൊണ്ട് നമ്മൾ ഈ ലോക കാഴ്ച കാണുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കണോ എത്ര ഉയരത്തിൽ പോകുന്നോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരും അത് കണ്ട് ആസ്വദിക്കുമ്പോഴേക്കും ഈ ചക്രം താഴെത്തിക്കഴിഞ്ഞു ഇതുപോലെ നമ്മൾ ഈ ലോക ജീവിതത്തിന്റെ രസത്തിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുമ്പോഴേക്കും കാലചക്രം പൂർത്തിയായിട്ടുണ്ടാവും ഇന്ന് ഭൂരിപക്ഷം ആളുകൾക്കും പരാജയം അവിടെ പറ്റുന്നത് കാരണം ഒരു പത്തമ്പത്തഞ്ച് വയസ്സ് വരെ കുടുംബജീവിതം ജോലി അത് അത് കഴിഞ്ഞാൽ പിന്നെ മക്കള് അവരുടെ പേരക്കുട്ടികൾ ഒരു പത്തറുപത് വയസ്സ് വരെ അങ്ങനെ പോയി അറുപത് വയസ്സ് വരെയുള്ള ജീവിതം ഈ ലോകകാര്യങ്ങളിലാണ് വ്യാപൃതം പിന്നെയുള്ള കുറച്ചു കാലമാണ് ആരിലേക്ക് തിരിയുന്നത് അതിന്റെ ആഴത്തിൽ നമ്മൾ തിരിഞ്ഞിട്ടില്ല ഇതിന്റെ സാരം നമുക്ക് പിടികിട്ടാതെ പോവും സാരം എന്താണ് ചേഞ്ച് ഈസ് പോസിബിൾ ഇൻ എ ചേഞ്ച് ലെസ് എന്നാണ് ഫിസിക്സിന്റെ നിയമം ഒരു ചക്രം കറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിലൊരു തിരിയാത്തൊരു ഒരു ആക്സൽ റോഡ് വേണം ഇതുപോലെ ആകാശം എന്നൊരു പ്രപഞ്ചം എന്നൊരു സത്യത്തിലാണ് ഗ്രഹങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചേഞ്ച് ചേഞ്ച് ലെസ് ആയിട്ടുള്ളൊരു സത്യത്തിലേ നടക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് തന്നെ നമ്മൾ സത്യമായി എടുത്തുകഴിഞ്ഞാൽ ആരേ പിടികിട്ടില്ല ചേഞ്ച് ചെയ്യാത്തതായ പൂർണമായൊരു സത്യത്തെ നമുക്ക് ആ നമുക്ക് പിടികിട്ടില്ല തേനീച്ചയെ പോലെ പൂവിന്റെ ഉള്ളിൽ നിന്നും പേനെടുക്കുന്നത് പോലെ ജീവിതത്തിന്റെ സാരം ഗ്രഹിച്ചുകൊള്ളണം ഇതാണ് ആത്മീയത പറയുന്നത് എന്നിട്ടോ ഭൂയാസം കേന്ദ്ര ധനചയനവശാൽ പിന്നീട് ഞാൻ പഠിച്ചിരിക്കുന്നത് അവസാനം പഠിച്ചിരിക്കുന്നത് അരിൽ ധനം സമ്പാദിച്ചു വച്ച് ഒരു വണ്ട് നശിച്ചതുപോലെ നശിക്കരുത് എന്നാണ് എന്താ വണ്ടിന്റെ പ്രത്യേകത അത് താമരപ്പൂവിൽ ചെന്നിരുന്നു എന്നാണ് അതിലെ തേനൊക്കെ നോർന്ന് രസത്തിൽ അങ്ങനെ ഇരുന്നു സൂര്യൻ അസ്തമിക്കാതായപ്പോ താമരപ്പൂ കൂട്ടി ഇതുപോലെ പണം പണം പണം പണം ആ താമരപ്പൂവിൽ അങ്ങോട്ടിരുന്നാൽ മരണം എന്ന് പറയുന്ന സൂര്യൻ അങ്ങോട്ട് വന്നാൽ പിന്നെ അതിൽ തന്നെ കുരുങ്ങി ചാവണ്ടി വരും അങ്ങനെയൊക്കെയാണ് ആളുകൾ നശിക്കുന്നത് എന്ന് ഇവിടെ കണ്ടുപഠിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ച് നമുക്ക് ഭാരതത്തിലുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പൂർവികര ഒരു ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട് ഇത് നിങ്ങൾ പാശ്ചാത്യ ലോകത്തിലേക്കൊക്കെ നോക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കാരണം അവർക്കിതൊന്നും സംസ്കാരമില്ല പണം എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് അവസാനം നശിക്കുന്ന എത്രയോ ആളുകളെ നമുക്കവിടെ കാണാം സൈക്കോളജിക്കലി കൂടുതൽ പ്രശ്നമുള്ളവരാണ് പാശ്ചാത്യം അമേരിക്കക്കാരൊക്കെ വളരെ ഡിപ്രഷ് ലൈഫ് നയിക്കുന്നവരാണ് കാരണം അവർക്ക് നമ്മളെപ്പോലുള്ള ആത്മീയ സംസ്കാരങ്ങളൊന്നും വേണ്ടത്ര നമുക്ക് നമ്മൾ കുട്ടിക്കാലത്തെ കാണുന്നു നമ്മുടെ അച്ഛനമ്മമാരും മുത്തച്ഛന്മാരൊക്കെ ജീവിച്ചത് പ്രായം കൂടുന്തോറും അവർക്ക് വീടിനോട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല സമ്പത്തൊക്കെ ഓഹരി വെച്ചു അല്ലേ താക്കൂല് വരെ കൊടുത്തു ഇനി ആർക്കെന്ത് തീർത്ഥാടനങ്ങൾക്കും ക്ഷേത്ര നാമജപങ്ങളിലും മുഴുകിയിരിക്കുന്ന ആളുകൾ നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ കൈവരിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകമൊന്നും പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രോഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വളരെ സത്യമാണെന്ന് അടുത്തത് ആറാമത്തെ ശ്ലോകമാണ് മാധ്യസം തരുണ്യജൈവ നധനേയം തനോകം അത്തം ഹിമാരൈവ ഭഗവാൻ മാ മുഖം ഗ്രാവ്യഗീതൈ നാത്ത സജ്ജേയ പൂജ്യേ ചഷവ പഠിജേ പങ്കളാവൻ നിരാച്യം പത്തവ്യയോഗൽ കുരരെയ വിഭോ സാമിഷോ നൈന്യഹന്യേ ഗുരു ജീവനെ ഇവിടെ ആകർഷിച്ച് പിടിച്ചു വയ്ക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ഏതൊക്കെയാണ് ഇത്ര ശബ്ദ സ്പർശ രൂപ രസഗന്ധം അതിൽ സ്പർശം അത് ആനയെപ്പോലെ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്താണത് തരുണ്യ യുവഗ ഒരു പിടിയാനയെ വെച്ചുകൊണ്ടാണ് കാട്ടാനെ വിളിക്കുക കാട്ടാനയെ ആകർഷിപ്പിക്കുക വലിയൊരു കുഴി കുഴിച്ച് അതിനടുത്ത് പിടിയാനെ വയ്ക്കും കാട്ടാന വന്ന് പിടിയാനയോട് ചേർന്ന് ചേർന്ന് അതിലൊരു സ്പർശരസം അനുഭവിക്കും ആ സമയത്ത് പിടിയാന മാറി നിന്ന് ഈ കാട്ടാന കുഴിയിലേക്ക് വീഴും അതുപോലെ സ്പർശരസത്തിന് നമ്മളെ ഇവിടെ ബന്ധിക്കാൻ നമ്മളെ സാധിക്കുന്നുവരാണ് ഈ സ്പർശം അത് നമ്മളെ ബന്ധിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ആന്റെ കഥ പറയുന്നത് ആന പിടിയാനയോട് ചേർന്ന് തന്റെ ജീവിതം കുഴിയിലേക്ക് വീഴ്ത്തിയ കഥ പറയുന്നത് പിന്നെ പറയുന്നു ഗജ ഇവശകീയം ഹിമാര അതിനുശേഷം പിന്നീട് പറയുന്നു ഞാനൊരു തേനീച്ചയെപ്പോലെ എന്ത് ചെയ്യരുത് തേൻ ശേഖരിച്ചു വയ്ക്കുന്ന തേനീച്ചയെപ്പോലെ സമ്പത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് ജീവിക്കരുത് സമ്പത്തിൽ മാത്രം മനസ്സ് വച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സമ്പത്ത് തന്നെ എന്നെ പിടികൂടും അതുകൊണ്ട് അതിൽ നിന്നും എന്റെ മനസ്സിനെ മുക്തമാക്കാൻ തേനീച്ചയെപ്പോലെ ഞാനൊരിക്കലും ജീവിക്കരുത് സമ്പത്ത് നമുക്ക് വീടും സമ്പത്തും ഒക്കെ എന്തിനാണ് തന്നിരിക്കുന്നത് അറിയാണ് വീട് സത്സംഗ ഗൃഹമാക്കിയിരിക്കണം സമ്പത്ത് ദാനത്തിന് വേണ്ടിയിട്ടായിരിക്കണം ദാനം ഹസ്തേന ഭൂഷണം എന്നാണ് ഹസ്തത്തിന് ഭൂഷണം ദാനമാണ് അതുപോലെ വീട് ശോഭിക്കുന്ന അവിടെ ഭഗവത് നാമസങ്കീർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഇപ്രകാരം ഭഗവാനെ ഞാൻ മോഹിക്കാതിരിക്കട്ടെ പിന്നീട് ഞാൻ ഗ്രാമീദേവാ മുഖം ഞാനൊരിക്കലും ഗ്രാമ്യഗീതത്തിൽ ആകർഷിക്കപ്പെട്ട മാനിനെപ്പോലെ ആവാതാവട്ടെ മാനിനെ ആകർഷിക്ക സംഗീതത്തിലൂടെയാണത്രേ മാൻ സംഗീതം കേട്ട് ഓടി വരുന്ന സമയത്ത് പ്രത്യേക ശബ്ദം കേട്ട് ഓടി വരുന്ന സമയത്ത് പേടന്റെ വല അത് കാണില്ല അത് പോയി വീഴുവത്തില്ല ഇതുപോലെ നമ്മൾ ഈ ലൌകികമായ വാക്കുകളിൽ സ്നേഹം അതുപോലെ തന്നെ നമ്മളെ വാക്കുകളിലൊന്നും നമ്മൾ കുരുങ്ങി പോകരുത് കാരണം അത് നമ്മളെ ബന്ധിപ്പിക്കും ഇവിടെ നമ്മളെ ആകർഷിപ്പിച്ച് പിടിപ്പിച്ചുവെക്കും എന്ന് പറയാണ് പിന്നെ പറയുന്നു പിന്നെ ഞാൻ മത്സ്യത്തിൽ നിന്ന് പഠിച്ചു എന്താ മത്സ്യം നാവിനെ നിയന്ത്രിക്കണം ആഹാരാദികളോടുള്ള അമിതമായ തൃഷ്ണയാണ് മത്സ്യത്തെ അവസാനമൊരു മുക്കുവന്റെ ചൂണ്ടയിൽ കുരുക്കുന്നത് അദ്ദേഹം ആ മുക്കുവൻ ഇരുമ്പുകൊളുത്ത് അതിൽ എന്താണ് മാംസമിട്ടുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് മാംസ കാണുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഇരുമ്പുകൊളുത്തിനെ ആര് കാണില്ല മനസ്സിലും അത് വിഴുങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് ഇതുപോലെ നമ്മൾ പ്രായം കൂടുന്തോറും ഭക്ഷണാദികളോടുള്ള നമ്മുടെ ആസക്തി കുറഞ്ഞു കുറഞ്ഞു വരണം ഇതൊക്കെ നമുക്ക് ആത്മീയമായി ഉയരാൻ ആവശ്യമുണ്ട് എന്നിട്ടോ പിങ്കളാവൻ നിരാശ പിങ്കളയിൽ നിന്ന് പഠിച്ചു എന്നാണ് നിരാശ പഠിച്ചു പിങ്കള എന്ന് പറഞ്ഞാൽ ഒരു വേച്ചയാണ് അവൾ വിദേഹനാരത്തിൽ ജീവിച്ചത് വേഴ്ചയാണ് ഒരിക്കൽ ദത്താത്രേയ മാഷിയെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ശരീരത്തിന്റെ സുഖമല്ല ശരിക്കുള്ള സുഖം മനസ്സ് ശരീരത്തിൽ ലയിച്ചു കിട്ടുന്നതിനേക്കാൾ സുഖമാണ് മനസ്സ് ഈശ്വര വിചാരത്തിൽ ലയിച്ചു കിട്ടുന്ന സുഖം അതിനെയാണ് നൈരാശ എന്ന് പറയും നിരാശ എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള വെറുപ്പ് നല്ലർത്ഥം നിശേഷേണ ഈശ്വരനുള്ള ലയത്തെയാണ് നിരാശ ഇപ്രകാരം പിങ്കളയുടെ ആ അനുഭൂതി എനിക്കും കൈവരിക്കാൻ സാധിക്കട്ടെ പിന്നീട് ഞാൻ പഠിച്ചത് സുപ്യാമ്പർത്തവ്യയോഗാൽ കുരരെ വൈബോ സാമിഷോനിന്യഹന്യ ഞാൻ കുരര പക്ഷിയിൽ നിന്ന് പഠിച്ചു നിന്ന് എന്താ പക്ഷി പക്ഷിയുടെ കയ്യിൽ ഒരിക്കലും മത്സ്യത്തെ കിട്ടിയപ്പോ ആ പക്ഷി മത്സ്യത്തെയും കൊണ്ട് പറഞ്ഞപ്പോ മറ്റു പക്ഷികളും അതിനെ പിന്തുണർന്നു ഈ പക്ഷിക്കത് കഴിക്കാൻ പറ്റാതെ വന്നപ്പോ പക്ഷിക്ക് മനസ്സിലായി മറ്റു പക്ഷികൾ എന്റെ പിന്നാലെയല്ല വരുന്നത് എന്റെ കയ്യിലുള്ള ഈ മത്സ്യത്തിന്റെ പിന്നാലെയാണ് അത് താഴെ കിട്ടും മത്സ്യത്തേതാണ് അപ്പൊ പക്ഷികളൊക്കെ പറന്നുപോയില്ല ഇതുപോലെ നാം പ്രായം കൂടുന്തൂറും ഒന്നും കൈവശമില്ലാത്തവരായി തീരണം എല്ലാ മക്കൾക്കോ മറ്റോ കൊടുത്ത് സ്വസ്ഥതയായിരിക്കണം കാരണം മറ്റുള്ളവർ അവസാനം നമ്മളെ നോക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സമ്പത്തും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് അതിലാവരുത് നമ്മൾ നോക്കുന്നത് അപ്രകാരം നമ്മൾ കയ്യിലൊന്നുമില്ലാത്തവരായി തീർന്നാൽ നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാവും അതെല്ലാവർക്കും അറിയാം ഒന്നുമില്ലെങ്കിൽ ആരും നോക്കില്ല അതുകൊണ്ടാണ് അവർ കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം വിട്ടാലും നമ്മുടെ കൂടെ ആരുണ്ട് ഭഗവാൻ ഉണ്ടെന്ന് ബോധമുറപ്പിക്കാൻ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സാധാരണക്കാരനൊന്നും ഈ പറഞ്ഞതൊന്നും ബാധകല്ല അവർക്ക് അവരുടേതായിട്ടുള്ള പുനരഭിചനനം പുനരഭി വരണം അവർക്ക് പിന്നെ പ്രശ്നമല്ലേ കാരണം അവർക്ക് വീട് മക്കൾ ഇതെന്നെ വിചാരിച്ചവർ മരിക്കണം കാരണം ലോകം നിലനിൽക്കണ്ടേ അവരൊക്കെ തിരിച്ചു വരേണ്ടതുണ്ട് അപ്പൊ ഉയരണം എന്നുള്ളവർ ക്രമേണ ഇതിൽ നിന്നെല്ലാം മനസ്സുമുക്തമാക്കിക്കൊള്ളണം എന്ന് പറയാണ് ഇനിയോ വർ തന സുഗമതിശിശുവൽ നിസ്സഹായേയ കന്യാശേഷോ വലൈ വിഭൂതോന്യകോഷ തചിത്തോ നാവുദ്ധി പരിമിഷു കൃതയാ പ്രണീദേഷി ഗവസാന ഉന്ദുരോന്തിരേഷൂ വർ തനസുഗമതിശിശുവൽ ഞാൻ ശിശുവിനെ പോലെ എല്ലാ മാനവും ത്യജിച്ച് ജീവിക്കാം ശിശുവിനെ പോലെ എല്ലാ മാനവും ത്യജിച്ച് ജീവിക്കുക പറഞ്ഞാൽ തോന്നിയെടുത്ത് മൂത്രമൊഴിക്കലും അതാണ് ശിശുവിന്റെ സ്വഭാവം ശിശു എന്നുള്ള പേര് തന്നെ വന്നത് അങ്ങനെയാണ് ശിയും ശിവും എല്ലായിടത്തും പോകുന്നുകൊണ്ടാണ് ഇത്ര ശിശു എന്നുള്ള പേര് വന്നത് അങ്ങനെയാണോ വയസ്സായ ഞാൻ ശിശുവിനെ പോലെയാവുക അല്ല ശിശുക്കളെപ്പോഴും കുട്ടികളെപ്പോഴും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരാണ് അവർക്ക് ഭൂതകാലം ഇല്ല ഭാവി കാലം വരാറായിട്ടില്ല ഭൂതകാലം സ്മരണകളില്ല അവരോട് ടെൻഷനില്ല അവർക്ക് പൊതുവെ ചെറുപ്പക്കാർക്കുണ്ടല്ലോ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ കൂടും ചിലവർക്കാണെങ്കിലോ വയസ്സായി കഴിഞ്ഞാലോ ഭൂതകാല ചിന്തകൾ കൂടും ഇതൊക്കെയാണ് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്നത് ഇതിൽ മനസ്സിനെ എവിടെ എത്തണം വർത്തമാനകാലം അത് ഭഗവാനിൽ പിടുത്ത് നിർത്തണം അപ്പൊ കുട്ടികളെ പോലെയാവും പിന്നെയോ പിന്നെ പറയുന്നു കന്യ ഏകശേഷോ വലയ വിഭോ വർജിതാന്യന്യഘോഷ ഞാൻ പെൺകുട്ടിയെപ്പോലെ വളകളൊക്കെ അഴിച്ചിട്ടുള്ളതാണ് എന്താ പെൺകുട്ടിയെപ്പോലെ വളകൾ അഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിൽ അവളെ പെണ്ണ് കാണാൻ ആൾ വന്നു അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയ സമയം അപ്പൊ അവൾ നോക്കും പലഹാരങ്ങളൊന്നുമില്ല അപ്പൊ തന്നെ അവൾ കുറച്ച് അരിയെടുത്ത് ഒരലിലിട്ടിടിച്ചു മിക്സി ഗ്രൈൻഡറും ഇല്ലാത്ത കാലം ഇവിടെ കയ്യിൽ നിറയെ വള വളായിരുന്നു അതിങ്ങനെ ശബ്ദിക്കാൻ തുടങ്ങി അപ്പൊ അവൾക്ക് തോന്നി ഈ ഇടിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ കെട്ടാൻ വന്നവരു വിചാരിക്കും ഞങ്ങളുടെ വീട്ടിലെന്നും ഈ ഇടി തന്നെയുള്ളതെന്ന് ദരിദ്രരാണെന്ന് വിചാരിക്കും അപ്പൊ അവൾ ചെയ്തു ശബ്ദമുണ്ടാവാതിരിക്കാൻ വളകളൊക്കെ ഇതുപോലെ നമ്മളും എന്തുവേണം വളകളൊക്കഴിച്ചിട്ട് ഇവിടുന്ന് പോകണം എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതൊക്കെ ഇവിടെ പിന്നെ പ്രശ്നങ്ങളാണ് അവസാനം നമ്മൾ വളകൾ അഴിച്ചണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അതിന് സൂക്ഷ്മാർത്ഥം കഴിയുന്നതും ഈ ശബ്ദമുണ്ടാക്കുന്ന ആളുകളോട് അതായത് ലൗകിക ജീവിതത്തിൽ ആസക്തരായിരിക്കുന്നവരോട് കൂടുതൽ സംഘമുണ്ടാവരുത് കൂടുതൽ കൂടുതൽ ആരോടെടുക്കണം ഏകാന്തത ചിലർക്ക് ബോറിംഗ് ആണ് ചിലർക്ക് ഏകാന്തത അനുഗ്രഹമാണ് ആർക്കാണ് ഏകാന്തത ബോറിംഗ് ആവുന്നത് ഈശ്വര വിചാരമില്ലാത്തവർക്ക് ഏകാന്തത ബോറിംഗാണ് ഈശ്വര വിചാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഒറ്റയ്ക്കിരുന്നാൽ നിങ്ങൾക്ക് പറയും നിങ്ങൾ പറയും സമയം പോകുന്നത് അറിയുന്നില്ല ചിലർ ടി കാണുന്നു മാഗസിൻ വായിക്കുന്നു സമയം പോവാത്തതുകൊണ്ടേ ഒരുവിധം രോഗങ്ങളൊക്കെ വരുന്നത് ഈ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഏകാന്തതയിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് വേണ്ടാത്ത ഒന്നും ചിന്തിക്കാൻ മനസ്സിനെ അനുവദിക്കരുത് ഈശ്വര വിചാരത്തിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന ബോധത്തിൽ അപ്പോഴാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത് ചിലർ പറയും സമയമില്ല ഒന്നിനൊന്ന് സമയം വേസ്റ്റാക്കി കളയാണ് അവരെ അതുകൊണ്ടാണ് സമയമില്ലാത്ത ഉള്ള സമയത്തെ പ്രയോജനപ്പെടുത്തണം ഇപ്രകാരം ഞാൻ പഠിച്ചതാണ് പിന്നെ ഞാൻ പഠിച്ചത് ആരിൽ നിന്നാണ് ഒരു കൊല്ലപ്പണിക്കാരൻ അതായത് ഒരു എന്താണ് ബ്ലാക്ക് സ്മിത്തിൽ നിന്ന് പഠിച്ചു എന്താണ് ത്വച്ചിത്തോനാവബുദ്ധി പരിമിഷു കൃതവൃതമാനഘോഷം രാജാവിന്റെ ഘോഷയാത്ര അയാൾ കേട്ടില്ലേ അത്ര കാരണം അയാളുടെ ശ്രദ്ധ മുഴുവൻ ഈ ശരമുണ്ടാക്കുന്നതിലായിരുന്നു അത്ര ഏകാഗ്രതയോടുകൂടി ഉണ്ടാക്കുകയുണ്ട് ഇതേപോലെ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കാതെ നാമത്തിൽ ഒഴുകാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ശരിക്കുള്ള ഭഗവത് പ്രേമസ്മരണം വരുന്നത് ചുറ്റുപാടിനെ പോലും നമ്മൾ മറന്ന് അങ്ങനെ ഏകാന്തതയിലും ഒഴുകണം പിന്നെ ഞാൻ പഠിച്ചു ഗൃഹേഷു അന്യപ്രണിതേഷു അരിവദിവസാനി പുന്തുരോമന്തിരേഷു പിന്നെ ഞാൻ പഠിച്ചത് ആരിൽ നിന്നാണ് ഈ എലി തുടങ്ങിയിട്ടുള്ള ജീവജാലങ്ങൾ സ്വന്തമായി ഗൃഹമുണ്ടാക്കാത്തവരാണ് വല്ലവരുണ്ടാക്കിയ മാളങ്ങളിൽ പ്രത്യേകിച്ച് പാമ്പ് സ്വന്തമായിട്ട് വീടുണ്ടാക്കുക ആരെങ്കിലും ഉണ്ടാക്കിയ മാളങ്ങളിൽ പോയി വസിക്കും അതുപോലെ ഞാൻ ക്രമേണ ക്രമേണ എന്ത് സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി താമസിക്കാം അങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ല ഗൃഹ സ്വന്തം വീട്ടിൽ നിന്ന് മനസ്സിനെ അകറ്റിക്കൊള്ളാം കൂടിയാണ് എന്നിട്ടോ ിത്താദർ സ്വരൂപം ശിക്ഷയേ പേശകാരാൽ ഗുരുവരോ യോ വിവേകം വിരക്തിയമാനോരു വിശേഷാൽ ഭഗവാനെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ എട്ടുകാലിയിൽ നിന്ന് പഠിച്ചുകൊള്ളാം അതെങ്ങനെ എട്ടുകാലിന്ന് ജീവിതത്തിന്റെ തത്വം മനസ്സിലാവുക എട്ടുകാലിയുടെ ഉള്ളിൽ നിന്നും ചില സമയത്ത് എട്ടുകാരി തൂങ്ങി നിൽക്കും പൂർണ്ണനാപി ചിലപ്പോ അതന്തിയും നേരെ മുകളിലേക്ക് വരും അതുണ്ടാക്കിയ വല അത് തന്നെ ഉള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ട് ഇതുപോലെ പ്രകൃതിയുടെ നിയമമനുസരിച്ച് തന്റെ ഉള്ളിൽ നിന്ന് വന്നതെല്ലാം തന്റെ ഉള്ളിൽ തന്നെ ലയിപ്പിക്കാനുള്ള കഴിവ് ഏതിനുണ്ട് ഈ പ്രകൃതി പ്രപഞ്ചത്തിനുണ്ട് ഭൂമിയിൽ നിന്ന് ഉണ്ടായതെല്ലാം ഭൂമിയിൽ തന്നെ ലയിക്കുന്നത് പോലെ ഈശ്വരനിൽ നിന്നുണ്ടായതെല്ലാം ഈശ്വരൻ ലയിപ്പിച്ചുകൊള്ളാം ഈ ലക്ഷ്യം ഞാൻ ആരിൽ നിന്ന് പഠിച്ചുകൊള്ളാം കണ്ടില്ലേ നിങ്ങൾ എട്ടുകാലിയുടെ എട്ടുകാലി വല താഴേക്കും വരും മുകളിലേക്ക് വരും വല അതിന്റെ ഉള്ളിലേക്ക് അത് ഭക്ഷണമാക്കി തീർക്കുകയാണ് അതിനുള്ളിൽ ലയിക്കുകയാണ് ഇതുപോലെ ഞാൻ പിടിച്ചോളാം ഇതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ഈ ലക്ഷ്യത്തെ കൈവരിക്കാൻ ഞാൻ ശിക്ഷയെ പേശകാരാൽ ഞാൻ ആരിൽ നിന്ന് പഠിച്ചോളാം ഒരു പുഴുവിൽ നിന്നും വേട്ടാളിൽ നിന്നും പഠിച്ചുകൊള്ളാം എന്താ പുഴുവിൽ നിന്ന് പഠിക്കേണ്ടത് ഒരു കടന്നൽ പോലുള്ള ജീവിയാണ് വേട്ടാളൻ ഇതൊരു പുഴുവിനെ പിടിച്ചുകൊണ്ടുപോകും സ്വന്തമായി കുട്ടികളില്ലേ അതിന് അത് വേറെ ഏതെങ്കിലും ജീവജാലത്തിന്റെ പൂക്കളെ പിടിച്ചുകൊണ്ടുവരും എന്നിട്ട് എവിടെയെങ്കിലും വെച്ച് മണ്ണ് മൂടി ആ പുഴുവിനെ പുഴുക്കുഞ്ഞിനെ മണ്ണിന്റെ ഒരു കൂടാരത്തിലിട്ടുകൊണ്ട് വേട്ടാളൻ ചെറിയൊരു ദ്വാരം വെച്ചിങ്ങനെ നോക്കൂ അത്ര ആ മണ്ണിന്റെ ഉള്ളിലിരിക്കുന്ന പുഴുവു ഈ വേട്ടാളനെ നോക്കി നോക്കി നോക്കി നോക്കി നോക്കി നോക്കി ഒരു ദിവസം കൂടുപുട്ടിച്ചു വേട്ടാളു അങ്ങനെയൊരു പ്രത്യേകത അല്ല പ്രകൃതിയിൽ കാണാം ഇതുപോലെയാണ് മനുഷ്യ മനസ്സ് നമ്മുടെ സംസ്കാരം എന്താണോ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നമ്മളായിത്തീരും അപ്പൊ പണം പണം പണം പണം ചിന്തിക്കുന്ന ഒരാളോ അവസാനം പണത്തിനു വേണ്ടി എന്തും ചെയ്യാണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്തി ഭക്തി എന്നുള്ള ലഹരിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ കുറെ കഴിഞ്ഞാൽ ഭക്തനായി തീരും ആ സംസ്കാരത്തിലെ ആ ലഹരിയിലോട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം മനസ്സിലാക്കണം ഈ ലഹരി വരും അപ്പൊ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും ഇപ്പൊ നമ്മുടെ പ്രകൃതിയുടെ സ്വഭാവം എന്താ വെച്ചാൽ തത് ഭവതി വാട്ട് യു തിങ്ക് ദാറ്റ് വിൽ ബിക്കം തോട്ട് വിൽ ബിക്കം തിങ്സ് എന്നാണ് നിങ്ങൾ നാളെ ആരാവണം എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ തോട്ട്സ് ആണ് നിങ്ങളൊരു നെഗറ്റീവായി ചിന്തിച്ചാൽ നാളത്തെ നിങ്ങളുടെ ജീവിത ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റിയും ഇന്ന് നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നാളെ നിങ്ങളൊരു പോസിറ്റീവ് വ്യക്തിത്വമായി തീരും ഇതോ ഒക്കെ നിങ്ങളുടെ ചിന്തകളിലായിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ രോഗമല്ല നമ്മൾ രോഗിയാക്കുന്നത് രോഗമുണ്ടെന്ന ആ ചിന്തയാണ് ഭയം കൂടുതൽ രോഗിയാക്കി മാറ്റും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ചിന്തയിലാണ് ഉണ്ടാക്കി പിന്നെ ഞാൻ പഠിച്ചത് അടിച്ചത് ദേഹത്തിൽ നിന്നും പഠിച്ചു എന്താ ദേഹത്തിൽ നിന്നും പഠിക്കേണ്ടത് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കുന്ന ദേഹം ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടുന്നതാണ് എന്നെ കൈവിടുന്നതാണ് എന്നെ കൈവിടുന്ന ദേഹത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കേണ്ടത് എന്നെ ഇതുവരെ കൈവിടാതെ നിലനിർത്തിയ ഈശ്വരന് വേണ്ടി നിലനിർത്തണം ആ അന്തരാത്മാവിന് ചൈതന്യത്തിന് വേണ്ടി നിലനിൽക്കണം എന്ന് ഞാൻ ആരിലെന്ന് പഠിച്ചു ദേഹം കൈവിട്ടിട്ടുണ്ട് നിങ്ങളെ കൈവിടുന്നില്ലേ ദേഹം ഇല്ല നിങ്ങൾ ജനിച്ച അവസ്ഥയിലാണോ ഇരിക്കുന്നത് ആണോ ഇന്നത്തെ ദേഹം നാളെ നിങ്ങളുടെ കൂടുണ്ടോ മെഡിക്കൽ സയൻസ് പറയുന്നു ഓരോ സെക്കൻഡിലും ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലും നമ്മുടെ ഒരു സെല്ല് മരിക്കണു മറ്റൊരു സെല്ലും ജീവിക്കുന്നു നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിയാലല്ലോ അത്ഭുതമാണ് അത്ഭുതം ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ദുഃഖിക്കാൻ പറ്റില്ല ശ്രദ്ധിക്കണം നിങ്ങൾ രാവിലെ പൊങ്കല് കഴിച്ചു പൊങ്കല് കഴിച്ചു അതൊരു ജഡവസ്തുവായിരുന്നു അത് ചൈതന്യമുള്ള വസ്തു ആയിരുന്നെങ്കിൽ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് ഇറങ്ങി നടക്കുമായിരുന്നു അല്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞ ശവം തന്നെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് വിഷമമുണ്ടാവും അതുകൊണ്ട് പറയാതിരിക്കുക ഒരു ജഡവസ്തു ആ ജഡവസ്തു നിങ്ങൾ കഴിച്ചപ്പോ നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേർന്ന് ഇനി അതിനെന്ത് സംഭവിക്കും അത് ചൈതന്യമുള്ളൊരു ശരീരത്തിലേക്ക് ചേരും ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ അത് ദഹിച്ച് ചൈതന്യമുള്ളൊരു ശരീരമാണ് ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ചൈതന്യമുണ്ടാവാൻ കാരണം ഇങ്ങനെ കുറെ ജഡമായ പൊങ്കൽ അടിച്ച് കയറ്റിയതുകൊണ്ട് ഇഡ്ലിയായിട്ടും പുട്ടായിട്ടും അല്ലേ ജഡമായ വസ്തുക്കൾ കഴിച്ച് അത് കൂടെ നിങ്ങൾ ചൈതന്യമായി ഇനി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ചൈതന്യമുള്ളൊരു സെല്ല് അത് മരിച്ച് ജഡമായി മലമൂത്രത്തിലേക്ക് ചേരുന്നുണ്ട് നമ്മളറിയുന്നില്ല അത് മാത്രം മെഡിക്കൽ സയൻസ് പ്രകാരമുണ്ട് അത് മലമൂത്രത്തിലേക്ക് ചേർന്ന് അത് പ്രകൃതിയിലേക്ക് പോയി ജഡമായി പിന്നീട് എന്ത് സംഭവിക്കുന്നു അത് ജഡമായി പ്രകൃതിയിലേക്ക് ചേർന്ന് വീണ്ടും സസ്യാദികൾ ചെടികളൊക്കെ വലിച്ചെടുത്ത് വീണ്ടും അതെല്ലാം ചൈതന്യമാക്കി കിട്ടുന്നത് പ്രകൃതി എന്നാണ് വീണ്ടും ആ ചെടികളിലെ ഫലാദികൾ വന്നു ജഡമായി നമ്മളതിനെ കഴിക്കുന്നു അത് വീണ്ടും ചൈതന്യമായി ഈ പ്രകൃതിയിലെന്താ നടക്കുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത അവിടെ എന്താ നടക്കുന്നത് ഒരു സർക്കിൾ ഒരു സൈക്കിൾ ഒരു വൃത്തം നടക്കുന്നുണ്ട് ഏത് വൃത്തം ജഡം ചൈതന്യമാവുന്നു ചൈതന്യം ജഡമാവും ഇത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു ആർക്കും ഇതിനെ പിടിച്ചു നിർത്താൻ ഇനി ചോദ്യം വരുന്നത് നിങ്ങളുടെ മനസ്സ് ജഡമാവണോ ചൈതന്യമാവണോ അത് ചൈതന്യമാവണമെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിക്കണം ചൈതന്യമായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് ചിന്തിക്കണം അതിനെ ജഡമാക്കണമെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ജഡമായിരിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ ജഡമാക്കുന്നത് ജഡമായിരിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും ചിന്തയാണെങ്കിൽ അതിനെ ഈശ്വരനാക്കുന്നത് ഈശ്വരീയമായ ചിന്തകൾക്കുണ്ട് ഇത് നമ്മൾ ഒരു പുഴുവിൽ നിന്നും പഠിക്കണം ഇതാണ് തിരിച്ചറിയാൻ പിന്നീട് അടുത്തത് ഞാൻ പഠിച്ചത് അല്ല ദേഹത്തിൽ നിന്നും പഠിക്കേണ്ടത് ഇപ്രകാരം ഞാൻ പലതും ഈ ശരീരത്തിൽ നിന്നും പഠിച്ച് ഞാൻ വിരക്തനായി ഇനി ഹീ ഹീമേ ദേഹമോഹം പുരാശയൽ പ്രേമേദോത്രാദി ശുചി വിവചിത സ്മരന്ത സോയം വക്േ ശുനോവാഹവര സാമ്പ്രദം ചിഗണ് സ്വജ്ജിക്വാദ്യഘർഷന്വമോ ഭഗവാനെ അവിടെ തന്റെഹമോഹത്തെ കളയണംഹം തജ പവനപുരാദീശ്രമേഹ യേമഹേദോർഹേ വിത്തേ കളത്രാദിഷ വിവചിത തൊൽപദം വിസ്മരന്തി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാനെ എനിക്ക് ക്രമേണ ക്രമേണ ദേഹത്തോടുള്ള ആകർഷണം ദേഹത്തോടുള്ള ചിന്തകൾ കുറച്ചു തരണം ഈ ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് വരിക ഒന്ന് പ്രായവും രണ്ട് രോഗവും അലട്ടുമ്പോഴാണ് പ്രായമായി കഴിഞ്ഞാൽ എപ്പോഴും തോന്നും വയസ്സായി വയസ്സായി വയസ്സായി ഈ മനസ്സിനെ നിങ്ങളൊരു വയസ്സനാക്കും മനസ്സിലായില്ലേ അതുപോലെ രോഗം വന്നാൽ നമ്മൾ ആ രോഗത്തെക്കുറിച്ച് തന്നെ വയ്യട്ടോ വയ്യ വയ്യ ചാമം തോന്നണം അങ്ങനെയാണ് നമ്മൾ രോഗികളും പ്രശ്നക്കാരും ആവുന്നത് അതുകൊണ്ട് ഈ ദേഹത്തോടുള്ള ആകർഷണം ഒഴിവാക്കാൻ ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ കട്ട് ഓഫ് ചെയ്യണം നിങ്ങൾക്ക് വാസ്തവത്തിൽ പ്രശ്നം ശരീരത്തിലല്ല എന്ത് രോഗമുണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് പ്രശ്നം മനസ്സിലാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾ സപ്പോസ് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് തന്നെ നിങ്ങളതറിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങക്ക് നിങ്ങൾക്ക് ക്യാൻസർ വരുന്നത് അത് ഡോക്ടർ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ അത് അല്ലേ അറിയാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രശ്നമുണ്ട് സുഖമായിട്ട് അയാൾ കളിച്ച് നടക്കൂ നിങ്ങൾക്ക് ഹാർട്ടുണ്ട് എന്ന് അറിയുന്നത് ഡോക്ടർ പറയുമ്പോഴാണ് അതുവരെ നിങ്ങൾക്ക് ഹാർട്ടുണ്ട് എന്ന് തന്നെ അറിയില്ല ആരെത്ര പേര് ഹാർട്ട് നോക്കാറുണ്ടോ എന്തവിടെ ഒരു വരും നമ്മളാരും നോക്കാറില്ല നമുക്കറിയുന്നില്ലെങ്കിൽ സ്ഥാപനം അവിടെ വർക്ക് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് നൂറ് നൂറ് കാര്യങ്ങൾ നോക്കാണ്ട് അതിന്റെ ഹാർട്ട് നോക്കാൻ ഇവിടെ സമയം പക്ഷേ ഒരിക്കൽ ഡോക്ടർ പറയാണ് അതിൻ്റെ ഉള്ളിൽ കൊളസ്ട്രോൾ കയറിയിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേദന നടക്കേണ്ടത് പുഴുവരിച്ചു തീർന്നു അതൊരു വലിയൊരു പ്രശ്നമാണത് ചില ആളുകൾക്കത് മനസ്സിലാവില്ല എങ്ങനെയാണ് അവർ പ്രശ്നം ഉണ്ടാക്കണതെന്ന് ഒരാൾ ഊണ്ഴിക്കുന്ന സമയത്ത് മൂന്നൊഴിക്കായിരുന്നുറക്കം വന്ന ഇയാൾക്ക് വായൊളിച്ചതും ഒരു ഈ ചകത്ത് കയറി ഈച്ചകത്ത് കയറി ഇയാൾക്ക് തോന്നി ഈ ചകത്ത് കയറി പിന്നെ ഇയാൾ കേൾക്കുന്നത് ഗിരിഗിരിഗിരിഗിരിഗിരിഗിരി എന്നുള്ളൊരു ശബ്ദം അപ്പൊ ഇയാൾക്ക് തോന്നുന്നത് ഈ ചകത്ത് പറക്കാണ് പറക്കാണ് ഭാര്യയോട് പറഞ്ഞു ഈ ചകത്ത് കയറിയിരിക്കുന്നു വയറ് വേദനിക്കുന്നു എനിക്കാകെ പ്രശ്നം വയറ്റിൻ്റെ ഉള്ളിൽ ഈച്ച് ഭാര്യ പറഞ്ഞു എന്ത് തോന്നിവാസ പറയുന്നത് തൊണ്ടയുടെ ഉള്ളിൽ കൂടെ ഈച്ച പോയാൽ അത് ജീവനോടുകൂടി ഇരിക്കയോ നിനക്കൊന്നും എന്നെ മനസ്സിലാവില്ല എന്റെ മനസ്സൊക്കെ കല്ലാണ് എന്റെ ഉള്ളിൽ നടക്കുന്നത് എനിക്കെന്നെ അറിയുള്ളൂ ഉടനെ ഭാര്യ പറഞ്ഞു എന്തെനിക്ക് മനസ്സിലായാലും എനിക്ക് ഭ്രാന്താ തോന്നുന്നു നിന്റെ വീട്ടുകാർക്കാ ഭ്രാന്ത് എനിക്കല്ല എനിക്ക് എന്റെ വയറിൽ അസുഖം എനിക്കല്ലേ അറിയില്ലു ചീത്ത പറയാൻ തുടങ്ങി അവസാനം ഭാര്യയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെവി എന്റെ വയറിൽ വെച്ച് നോക്കൂ എന്ന് വയറിൽ ഒരു ശബ്ദവും അവസാനം ഭാര്യ മനസ്സിലായി ഇതെന്ത് അപകടമാണെന്ന് നല്ല തളച്ച വെള്ളം കുടിപ്പിച്ചു പറഞ്ഞു ആ വെള്ളം ഈച്ചയുടെ മേലെ വീണാൽ ഈച്ച ചത്തുപോകുന്നു ഈച്ച എന്നിട്ടും കത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ചോറുള്ള വിഴുങ്ങാൻ പറഞ്ഞു ചോറുള്ള ടക്ക് ഈച്ചയുടെ മേലെ വീണാൽ ഈച്ച ചത്തു പോകും എന്ത് പണി ചെയ്തിട്ട് ഈച്ച ചാവുന്നില്ല അയാൾ ഓഫീസിൽ പോലും നിർത്തി ഈച്ച പറക്കുന്നത് ഗിരിഗിരി ഗിരിഗിരി ചത്ത് അവസാനം ഡോക്ടറെ എടുത്തുകൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ഇത് വട്ട് കേസ് അല്ലാതെ ലൂസ് മോഷന് മരുന്ന് കൊടുത്തു അവസാനം എന്തുണ്ടായി ഒരു വശത്ത് ഈച്ചയും ഈച്ചയും മറുവശത്ത് ലൂസ് മോഷണം ഭാര്യയോട് പറഞ്ഞു നീയാണ് എന്നെ കൊല്ലണുന്നത് ഇപ്പൊ ഈച്ച പോയതുമില്ല ഈച്ചയല്ലാത്തതൊക്കെ പോവുന്നില്ല അവസാനം വീണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുപോയി സൈക്കാൻറ്റിസ്റ്റിന്റെ അടുത്ത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേതൊക്കെ കേസ് ഇങ്ങനത്തെ ആണല്ലോ അപ്പൊ അദ്ദേഹം ടെലസ്കോപ്പ് വെച്ച് ഇയാളോട് പറഞ്ഞു നിങ്ങൾ ചെവിയിൽ വെച്ചാൽ മതി എന്നിട്ട് ഇയാളെ വയറിന്റെ മുള്ളിൽ അമർത്തി വെച്ചു എന്നിട്ട് ആ സെലസ്കോപ്പിന്റെ അടിഭാഗത്തിൽ ഇങ്ങനെ വിരല് കൊണ്ടൊന്ന് വിരല് നഖം കൊണ്ടൊന്ന് വെറുതെ ശബ്ദമുണ്ടാക്കി കിരികിരി ശബ്ദമുണ്ടാക്കി എന്നിട്ട് ഇയാളോട് പറഞ്ഞു സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വയറ്റിൽ ഈച്ച ഇപ്പോഴും ഉണ്ട് അയാൾക്ക് എന്തൊരു സന്തോഷം എന്നറിയൂ ഡോക്ടർക്കാണ് എന്നെ മനസ്സിലായത് എന്റെ ഭാര്യ ദുഷ്ടത്തി അവൾക്ക് മനസ്സിലായില്ല അവൾ വേറെ ഡോക്ടറെ കൊണ്ടുപോയാണ് അതിലേറെ ദുഷ്ടൻ അയാൾക്കും മനസ്സിലായില്ലേ നിങ്ങളാണ് ഈശ്വർ കാരണം നിങ്ങളെന്റെ പ്രശ്നം മനസ്സിലാക്കി ഉടനെ ഡോക്ടർ വെച്ചു നിങ്ങൾക്ക് സംഗതി ഇത് പുറത്തെടുക്കണല്ലോ ഈച്ചയെ ഇത് കീറിയെടുക്കണോ അതോ നിങ്ങൾ ഈ ശ്വാസമെടുത്ത് ഞാൻ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഈച്ചയെ കൊള്ളേക്ക് കൊണ്ടുവരാം അങ്ങനെ എടുക്കണമെന്ന് അപ്പൊ ഡോക്ടർ ചോദിച്ചു ഭാര്യയെ വെച്ചു ഡോക്ടറോട് ഈ കീറി എടുക്കാൻ എത്ര രൂപ വരുന്നത് അത്രയും തൊഴിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ വരും ഇന്ന് ഈച്ച എടുക്കാനോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സഹകരിച്ചോളാം എങ്ങനെ സഹകരിക്കും ശബ്ദം വായു അകത്തേക്ക് പുറത്തേക്ക് വലിച്ചോളാം അപ്പൊ അതിനനുസരിച്ച് ഡോക്ടർ എന്ത് ചെയ്യണം ടീച്ചെ പുറത്ത് ഡോക്ടർ ഇങ്ങനെ വയറമർത്തി അതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സ്റ്റെസ്കോപ്പ് മുകളിലേക്ക് കറ്റും അങ്ങനെ ചൊളിയും വന്നു അപ്പൊ ഈ കിരീരി എന്നുള്ള ശബ്ദം ഇങ്ങനെ വരുന്ന പോലെ തോന്നിയാണ് അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതിനിടയ്ക്ക് ഇദ്ദേഹം നേഴ്സിന് ഇങ്ങനെ കണ്ണിട്ട് കാണിച്ചു കൊടുത്തു നേഴ്സിന്റെ കാര്യം മനസ്സിലായി വീട് ഇങ്ങനത്തെ കേസ് കാണുന്നതാണല്ലോ നേഴ്സ് അകത്ത് പോയി എന്തോ കൊണ്ടുവന്നു അദ്ദേഹം ഗ്ലൗസൊക്കെ ഇട്ടു അദ്ദേഹത്തിനോട് പറഞ്ഞു ഉള്ളിൽ കഫമുണ്ടാവും കുഴപ്പമില്ല തുപ്പലുണ്ടാവും കുഴപ്പമില്ല ചലവിയൊക്കെ ഉണ്ടാവും എന്റെ കയ്യിലേക്ക് അങ്ങോട്ട് തുപ്പണം അപ്പൊ ഈച്ചയോട് കൂടിയിട്ടിട്ട് പുറത്തു വരുന്നത് അവ നേഴ്സ് എന്തോ ഇയാൾക്ക് കൊടുത്തു ഞാനിങ്ങനെ പിടിച്ച് കണ്ണടത്തിൽ തുപ്പാൻ പറഞ്ഞു ആടുത്തതും ഡാകടക്കണം ഈച്ച നേഴ്സ് അടുക്കളയിൽ പോയി പിടിച്ചോണ്ടെന്നാണേ അല്ലാതെ ഈച്ച വരുന്നു വേറെ ഇവിടുത്തെ ഈച്ച വരാനുള്ളത് ആ ഈച്ചയെ കാണിച്ചു കൊടുത്തതും ഇയാളിങ്ങനെ ഈച്ചയെ നോക്കിക്കൊണ്ട് പറയണ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സമാധാനായില്ലേ അപ്പൊ പറയാണ് ഈച്ചയല്ല പോയത് കുറച്ചുകൂടി വലിയ ഈച്ചയാണ് പോയത് ഡോക്ടർ പറഞ്ഞു പോയി തൊലേന്ന് പറഞ്ഞു സിദ്ധ പറയാ ചിലരിങ്ങനെയാണ് മനസ്സിലങ്ങനെ ഉറപ്പിച്ചു വെക്കുകയാണ് എനിക്ക് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയുണ്ട് രാവിലെ എണീറ്റുകൊണ്ട് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ പ്രാണായാമം ചെയ്യുക ശ്വാസെടുക്കുള്ളിലേക്ക് എന്നിട്ട് ഭഗവാന്റെ രൂപം കാണുക തത്വം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു തത്വത്തെ മനസ്സിലാക്കുക രൂപം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു രൂപത്തെ എന്നിട്ട് ആ ഭഗവാനോട് പറയണം പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയണം ഭഗവാനെ എന്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചു ഇനി എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇത് ധൈര്യമായിട്ട് ഉറപ്പിക്കണം എന്നിട്ട് പറയണം അങ്ങ് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട പ്രശ്നമില്ല അങ്ങുണ്ടല്ലോ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ദിവസം തുടങ്ങിയാൽ നിങ്ങൾക്കൊരു പ്രശ്നങ്ങളുമില്ല നിങ്ങൾ കൂളായിട്ടെടുക്കും കാര്യങ്ങൾ നേരെ നിങ്ങൾ ഇത് പറയാതെയാണ് വന്നതെങ്കിൽ നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഈ പോയിട്ടില്ല തോന്നുന്നു നിങ്ങൾ വേറെ ഏതെങ്കിലും ഈച്ചയമായിട്ടില്ലിടും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നമ്മൾ ഡെയിലി ധാരണ ചെയ്യണം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത് എന്റെ ത്രോട്ട അത്ര നല്ല ത്രോട്ടല്ല എനിക്കറിയാം കാരണം കണ്ടിന്യൂസ് പ്രോഗ്രാം വെച്ച് വെച്ച് വെച്ച് ത്രോട്ടനോട് വേണമല്ലോ റെസ്റ്റ് അപ്പോ ത്രോട്ട ഡിസ്റ്റേബ് ആവുന്ന സമയത്ത് നമ്മൾ രാവിലെ ഇതാ വിചാരിക്കുക എനിക്ക് ത്രോട്ടന് യാതൊരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ത്രോട്ടന് ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് വന്നു ഒരു പ്രശ്നവും ഇല്ല ഈ സ്റ്റേജിലെത്തി പിന്നെ നമ്മൾ ത്രോട്ട അറിയുന്നില്ല ഇതുപോലെ നമുക്ക് പ്രശ്നങ്ങളെയും മറക്കാൻ സാധിക്കും മനസ്സിലായില്ലേ രോഗങ്ങളില്ലാത്ത ശരീരം ആർക്കുമില്ല ഏതെങ്കിലും ഡോക്ടർ പറയുകയാണെങ്കിൽ യുവാർ നല്ല ഹെൽത്താണെന്ന് പറഞ്ഞാൽ അത് അബ്സൊല്യൂട്ട്ലി നുണയാണ് നൂറ് ശതമാനം കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും എവ്രി വൺ ഈ രോഗത്തിൽ പ്രശ്നങ്ങളില്ലാത്തൊരു ബോഡി നീക്ക് കണ്ടെത്താൻ പ്രയാസമാണ് ഏത് ചെറിയൊരു കേട് ഉണ്ടായിരിക്കും ഒരിലയ്ക്കെങ്കിലും ഒരു പുഴു കുത്തിയിരിക്കും ഇതുവരെ ജലദോഷം വരാത്തവരാരെങ്കിലും ഉണ്ടാവോ ഇതുവരെ പനി വരാത്താരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവോ കോൾഡ് വരാത്തവരാരെങ്കിലും ഉണ്ടാവോ അപ്പൊ എല്ലാ ശരീരത്തിനും ആരോഗ്യമുള്ള അവസ്ഥയും അനാരോഗ്യാവസ്ഥയും ഉണ്ട് പക്ഷെ നമ്മളത് മനസ്സുകൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം എനിക്ക് യാതൊരു പ്രശ്നമുണ്ട് അതിന്ന് പറഞ്ഞ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും വാസ്തവത്തിൽ മനസ്സിനില്ല നമ്മളത് എടുക്കുകയാണ് അങ്ങോട്ട് നിങ്ങളത് പോയി പിടിക്കുമ്പോ അതിന്റെ പ്രശ്നം നിങ്ങളുടേതായി മാറുകയാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ അയാളുടെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുക്കുന്നത് പോലെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂര് വന്നു കുട്ടികളെടുത്ത് കുട്ടികൾ രണ്ടുപേരും ഓഫീസിൽ പോകണം രാവിലെ അയാൾ വൈകുന്നേരം പിന്നെ അവർക്ക് നൂറ് പ്രശ്നം നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇവിടെ വന്ന് കൂടെ ജീവിക്കുമ്പോ അവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായി പിന്നെ അവർ രാവിലെ എണീക്കുന്ന പോലെ നമ്മളും എണീക്കണം അവർ ഓടുന്ന പോലെ നമ്മളും ഓടണം ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അവരുടെ ഓട്ടോ നമുക്കും ഉണ്ടാവും അവർ ഓഫീസിൽ പോവും നിങ്ങൾ മാർക്കറ്റിലേക്ക് ഓട്ടോ വ്യത്യാസം സ്ഥലത്തിന്റെ ഡയറക്ഷനിൽ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് കാരണം അവരുടെ സ്പീഡും നമ്മുടെ സ്പീഡായി മാറണം പിന്നെ നമുക്കറിയില്ല നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത് ഇതാണ് അങ്ങനെ ഓരോരുത്തരെ ഓടുന്നത് എന്തിനാണ് ഓടുന്നതെന്ന് നിങ്ങൾ ബോംബെയിലൊക്കെ പോയി നോക്കിയത് കാണത്തും വേറെ കുറെ ബാംഗ്ലൂർ അവിടെ ചർച്ച് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷനിലുണ്ടല്ലോ ആളുകളുടെ ഇറങ്ങോ എടുപ്പിനോ ഓടാൻ തുടങ്ങി നമുക്കും തോന്നുന്നു അവരുടെ കൂടെ ഓടണമെന്ന് അല്ലെങ്കിൽ നമ്മൾ പുറകിലുള്ളവനെ ഇടിക്കുകയും ഓടിയിട്ടില്ലെങ്കിൽ എങ്ങനാ ഓടാൻ നമുക്കും അറിയില്ല എല്ലാവരും ഓടുന്നുണ്ട് തോന്നുന്ന പുറകിൽ ആരുടെയോ പിന്നാലെ പട്ടി ഓടുന്നുണ്ട് എന്ന് ഓട്ടം കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് സമൂഹം എന്ന് പറയുന്നത് ഇത് നമ്മളങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും ശ്രദ്ധിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൊണ്ട് ഒരിക്കലും ഏതിനെ ഉറപ്പിക്കരുത് അസുഖങ്ങളുണ്ട് പ്രായമുണ്ട് എന്നൊന്നും മനസ്സിനെ ഉറപ്പിക്കരുത് വളരെ ക്ലിയറാക്കി വയ്ക്കൂ എന്റെ എല്ലാ പ്രശ്നങ്ങളും ആർക്ക് വിട്ടുകൊടുത്തിരിക്കണോ ഭഗവാൻ ഐ ഡോട്ട് ഹാവ് എനി പ്രൂബ് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യരുത് വളരെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ രോഗമുള്ളതല്ല പ്രശ്നം രോഗം പറഞ്ഞു നടക്കുന്ന ആ പ്രശ്നം ചിലരാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കിട്ടിയാൽ മതി ഹാർമോണിയായി വയസ്സാകും തോറും പ്രശ്നം പ്രായമുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ട് അവിടെ തൊട്ടും കാലിന്റെ തൊട്ട് എത്ര ദിവസം അതുകഴിഞ്ഞ് ഇവിടെ തൊട്ടാ വേദന അവിടെ തൊട്ടാ വേദന ഏത് മുഴുവൻ തൊട്ടാ വേദന സർദാർജിയുടെ വേദന വലിയാണ് പണ്ട് സർദാർജിക്ക് ശരീരം എവിടെ തൊട്ടാലും വേദന ഡോക്ടറെടുത്ത് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല പിന്നെ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ എന്താ കാണുന്നു കൈയുടെ വിരൽ ബ്ലേഡ് കൊണ്ട് തോന്നിയിരിക്കുക ഈ വിരലുകൊണ്ടാണ് അയാൾ അമർത്തണത് അപ്പൊ അയാൾക്ക് എവിടെ പിടിക്കുമ്പോഴും അവിടെയൊക്കെ വേദന ഇതുപോലെയാണ് ചില ആളുകൾ ചെറിയൊരു പ്രശ്നത്തെ അവർ പറഞ്ഞ് ഊതി വീർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റും ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ശ്രദ്ധിക്കൂ നിങ്ങൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയാ എനിക്ക് യാതൊരു അത് ഡോക്ടറോട് മാത്രം പറയാം എന്തോ ഒരു പ്രശ്നം തോന്നണമോന്ന് ഞാൻ അതിനോട് പ്രശ്നമില്ല എന്ന് പറയണ്ട അവിടുണ്ടെങ്കിൽ പറയാം മറ്റുള്ളവരോടും ഒരാളോടും എങ്ങനെ ഇരിക്കണോ വളരെ സന്തോഷത്തിലിരിക്കണോ അസുഖങ്ങളുടെ ഇടയിൽ നമുക്കത് പറയാൻ സാധിക്കണം മനസ്സിലായില്ലേ ഒരു വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ഭീഷ്മിതാമൻ എന്തെങ്കിലും പ്രശ്നം വന്നോ പറഞ്ഞോ കൃഷ്ണനോട് ഉണ്ടോ കൃഷ്ണ അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു ശരങ്ങനെ കുത്തിക്കയറുന്നു കൃഷ്ണ പറഞ്ഞോ എന്റെ മെഡിലാമം കേട്ട തഹല ശരം കൊണ്ട് കുത്തിക്കേർന്ന് പറഞ്ഞോ നോ കംപ്ലെയിന്റ് അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമോ നിങ്ങൾ നോ കംപ്ലയിന്റ് സാധിക്കും എന്നിട്ടോ ഇപ്രകാരം ഭഗവാനെ എന്നെ വിത്തം കളത്രാദിഷു വിവശം ഇതിലൊന്നും എന്നെ അവശനാക്കിവയ്ക്കരുത് ഇപ്രകാരം വഗ്നീശുനോവ പരമികരത സാമ്പ്രദം ചാക്ഷികർണ്ണ ദുഗ്ജിഹാദി വികർഷന്ധ്യവചമത എന്നെ ഭഗവാനെ എന്റെ ഇന്ദ്രിയങ്ങളിൽ ആകർഷിപ്പിച്ച് ഈ ലോകത്തിൽ കുരുക്കി ഇടരുത് കാരണം അതിലൊക്കെ കുരുങ്ങാൽ തൊൽപതാപ് ജയുന്ന അവിടുത്തെ പാദത്തിൽ എനിക്ക് ആസക്തി വരികയില്ല എനിക്ക് ലോകത്തിലല്ല ആസക്തി വരേണ്ടത് എനിക്ക് ഭഗവത്പാദത്തിൽ ആസക്തി വരണം എന്നിട്ടോ ദുർവാഹമോഹോ യു പുനരധുന തർക്കി നിശേഷരോഗാൻ കൃത്ഭക്തിഷ്ടം നൂനം നാനാഭവന്തി സമതിഗതമിദം മുക്തിലം വിപ്രദേഹം ശുദ്ധേഹാഹന്ത ശിവവിഷയരസേമാരുദേശ പക്ഷതിരിപ്പാർത്ഥിക്കുന്നത് ഭഗവാനെ പ്രാരബ്ദം ദേഹമോഹോ ദുർവാരം ഈ ദേഹത്തോടുള്ള ആകർഷണം മനസ്സിന്റെ ആകർഷണം അത് പെട്ടെന്ന് തടയാൻ പറ്റില്ല കാരണം എത്രയോ കോടാനുകോടി ജന്മങ്ങളായി ഈ മനസ്സ് വിവിധ ശരീരങ്ങളോടൊരു ആകർഷണം കാണിച്ചു കഴിഞ്ഞു മദ്യത്തോട് കുറെ കാലം ആകർഷണം കാണിച്ചവന് പെട്ടെന്ന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യല്ല പുകവലിയോട് കുറേ കാലം ആകർഷണം കാണിച്ചവന് പെട്ടെന്ന് പുകവലിയിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യല്ല ഇതുപോലെ സീരിയലിനോട് കുറേ കാലം ആകർഷണം മെഗാ സീരിയൽ ആ സീരിയലിൽ നിന്നും ആകർഷണം മാറ്റാൻ സാധ്യല്ല ഇങ്ങനെ കറങ്ങി നടക്കുന്ന സ്വഭാവമുള്ളവന് അവന് പെട്ടെന്ന് അതിൽ നിന്ന് ആകർഷണം മാറ്റാൻ ഒരു തിരിക്കാൻ സാധ്യല്ല എങ്ങനെ ഭഗവാനെ എനിക്ക് വിശേഷ രോഗങ്ങളൊക്കെ വന്ന് എനിക്ക് വേണ്ടതെന്താണ് ഹൃത്വ ഭക്തി എനിക്ക് ദൃഢമായൊരു ഭക്തി തന്നിട്ട് ക്രമേണ ക്രമേണ ലോകത്തോടുള്ള ആകർഷണം വിട്ടുകൊണ്ട് തവ പദപങ്കേ ഹേ ഇപ്രകാരം എനിക്ക് അവിടുത്തെ കാലുകളിൽ തന്നെ പാദങ്ങളിൽ തന്നെ ദൃഢമായൊരു ഭക്തി ഉണ്ടായി ഞാൻ അനുഗ്രഹ അനുഗ്രഹീതനാവട്ടെ കാരണം മുക്തിദം വിപ്രദേഹം ഇന്ന് ഞാനൊരു വിപ്രനാണ് വിപ്രൻ എന്നൊക്കെ പറഞ്ഞാലർത്ഥം ഒന്ന് ലൗകികമായി ജനിക്കുകയും രണ്ട് ആധ്യാത്മികമായി സത്സംഗഭാഗ്യം കിട്ടിയവനാണ് അപ്പൊ സത്സംഗഭാഗ്യം കിട്ടിയ എനിക്ക് മുക്തി എന്താണെന്ന് മനസ്സിലായി മുക്തി അറിയാത്തവനെ പോലെയല്ല ഞാൻ എനിക്കിന്ന് മുക്തി എന്താണെന്നറിയാം ഇതൊക്കെ അറിയുന്ന ഞാൻ അതിനുവേണ്ടിയിട്ട് പ്രയത്നിക്കാൻ അനുഗ്രഹിക്കണമേ മാമാക്ഷിപ വിഷയരസേ എന്നെ വിഷയരസങ്ങളിൽ വീതിക്കളയനെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ ഇനി ആ ഭക്തി ഉണ്ടാവാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയണം ശുദ്ധ നിഷ്കാമധർമ്മി പ്രവര ഗുരുഗിരാസ്വരൂപം പരം ശുദ്ധം ദേഹേന്ദ്രിയാദിപതമിലേ വാദയുട്യാസി സത്സംഗങ്ങളിൽ പോയി ജീവിതത്തെ ഒരു ചിട്ടയോടുകൂടി നയിക്കണം എന്താ ചെയ്യേണ്ടത് നിഷ്കാമധർമ്മി കുടുംബജീവിതം നിഷ്കാമമായി കൊണ്ടു നടക്കണം നിഷ്കാമം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ ചെയ്യുകയും എന്ത് ഫലം വന്നാലും അത് ഭഗവത് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തെയാണ് നിഷ്കാമ ജീവിതം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ശുദ്ധ ശുദ്ധന്മാരായ പ്രബര ഗുരുകിര ശുദ്ധാത്മാക്കളുമായി സൽസംഗികളുമായി ചേർന്ന് ശുദ്ധം ഈ ദേഹം ഇന്ദ്രിയം എന്നതിൽ നിന്നും വ്യതിരിക്തനായി അഖിലവ്യാപ്തം ഈ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അഖില വ്യാപ്തം മനസ്സിലാവുമല്ലോ ഈ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന തത് പരം തേ തത് അതാണ് അവിടുത്തെ പരമമായ സ്ഥാനം ഈ ദേഹം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ പരമമായ അങ്ങയുടെ സ്ഥാനത്തെ സ്വരൂപം തേ സ്വരൂപം അവേദയം തേ ഞാൻ അവിടുത്തെ സ്വരൂപമായി മനസ്സിലാക്കുന്നു ഈശ്വരനെ വിഗ്രഹത്തിലല്ല അവിടെ കാണുന്നത് തന്റെ ദേഹത്തിനും ഇന്ദ്രിയത്തിനും അതീതമായി ദേഹേന്ദ്രിയങ്ങളിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ആ ചൈതന്യത്തെയാണ് ഭഗവാന്റെ പദമായി ഞാൻ മനസ്സിലാക്കുന്നത് കാർശാദി എന്നാൽ എല്ലാവരിലും ആ ചൈതന്യമുണ്ടെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ലല്ലോ ഏതുപോലെയാണത് വഗ്നേതാരുപ്ലവേശു അഗ്നി എല്ലാ തിരികളിലും അഗ്നി ഉണ്ടെങ്കിലും എല്ലാം കത്തുന്നത് ഒരുപോലെയാണോ തിരികളുടെ വണ്ണവുമനുസരിച്ച് എണ്ണയ്ക്കുമനുസരിച്ച് ഓരോ തിരിയിലുമുള്ള അഗ്നിക്ക് ആ ദീപനാളത്തിന് വ്യത്യാസം വരും ഇതുപോലെ വിറക കൊള്ളി ചെറുതായിരുന്നാൽ അതിലത്രയും അഗ്നി ഉണ്ടാവുള്ളൂ അത് വണ്ണമുള്ളതിരുന്നാൽ അതിലത്രയും അഗ്നി ഉണ്ടാവും അല്ലേ അപ്പൊ അപ്രകാരം ചിലതിലെല്ലാം സ്പഷ്ടമാണ് ചിലതിലൊന്നും അത്ര സ്പഷ്ടമല്ല അപ്പൊ മുളയെടുത്തു നോക്കിയാൽ മുളക്കമ്പ് രണ്ടെണ്ണം അരച്ച് പെട്ടെന്ന് അഗ്നി വരും ചില മരങ്ങളെടുത്ത് അരച്ചി കഴിഞ്ഞാലോ അത്രയേം അഗ്നി വരില്ല എന്നാൽ രണ്ടിലും എന്തുണ്ട് അഗ്നിയുണ്ട് ഇതുപോലെ ചിലർക്ക് പെട്ടെന്ന് അവരവരുടെ അന്തരാത്മാവായി ആരെ കണ്ടുപിടിക്കാൻ പറ്റും ചിലർക്ക് പറ്റില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണജവു സങ്കത അവരുടെ ഉള്ളിലെ ഗുണത്തിനനുസരിച്ച് ഈശ്വരന്റെ ആ സാന്നിധ്യം കുറഞ്ഞും കൂടിയും അവർക്ക് തോന്നും മനസ്സിലായി കൊല്ലതും സത്വഗുണം കൂടും തോറും അവർക്ക് തോന്നും അവരുടെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം കൂടുതലാണ് തമോ ഗുണം ഉള്ള ഒരാൾക്ക് ഈശ്വര സാന്നിധ്യം ഇല്ലാത്തതുപോലെ അവർ ചെയ്യുന്നതൊന്നും ശരിയാവാത്ത പോലെ അവർക്ക് തോന്നും അതുപോലെ രജോ ഗുണമുള്ളവർക്കും തോന്നും ഈശ്വരൻ എന്നിൽ നിന്നും അകലെയാണെന്ന് അപ്പൊ നമ്മുടെ ഉള്ളിലെ ഗുണത്തിനനുസരിച്ചിട്ടാണ് ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും അറിയാനും സാധിക്കുന്നത് ഇപ്രകാരം പറഞ്ഞ് ആചാര്യാഖ്യാതരണി സമനമിള ശിഷ്യരൂപോത്തരാണി ആവേദോൽബാസിന കൊടധരപരിഭൂതാഗ്നിരാഹ്യമാനേ കർമാളീവാസനാദൽ കൃതതനുഭവനൽ പ്രാന്തികാന്താരപൂരേന വിദ്യ കല്ലവസ്ഥ ആചാര്യ അധരധരണി പിന്നെ ശിഷ്യു ഉത്തരാരണി രണ്ട് പണ്ടുകാലത്ത് യാഗം ചെയ്യുന്ന സമയത്ത് ഒരു അരണി വെച്ച് കടയും അതിന് മുകളിലും ഒരു ഇത് വയ്ക്കും പാത്രം വയ്ക്കും അല്ലെങ്കിൽ കപ്പ് വയ്ക്കും മരത്തിന്റെ താഴെയും ഒരു കപ്പ് വയ്ക്കും എന്നിട്ടാണ് കടയൻ അപ്പൊ മുകളിൽ വെക്കുന്ന കപ്പ് ഗുരുവും താഴെ വെക്കുന്നത് ശിഷ്യനും അതിൽ നിന്ന് വരുന്ന തീയാണ് ജ്ഞാനമാകുന്ന അഗ്നി ഇതുപോലെ സതികനെ നമ്മളിൽ മൂന്ന് സംസ്കാരങ്ങൾ പ്രബലമാണിപ്പോ ഒന്നാമത്തെ സംസ്കാരം എന്ന് പറയുന്നത് നാം ജനിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്ന പൂർവജന്മ സംസ്കാരം അത് നമ്മുടെ ഉള്ളിലിട്ട് രണ്ടാമത് നിങ്ങൾക്ക് അച്ഛനും അമ്മയും തന്ന സമൂഹം തന്നൊരു സംസ്കാരമുണ്ട് മൂന്നാമത്തത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയെടുത്തൊരു സംസ്കാരമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ സംസ്കാരം വരും ഈ സംസ്കാരങ്ങളൊക്കെ മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൗകിക ജീവിതത്തോട് ആകർഷണമുണ്ടാക്കുന്നതാണ് ഈശ്വരനോട് ആകർഷണമുണ്ടാക്കുന്ന സംസ്കാരം അതിൽ വളരെ കുറവായിരിക്കും ഇനി നമ്മൾ സത്സംഗങ്ങളിൽ പോയി ആചാര്യന്മാരിൽ നിന്നും ഏത് സംസ്കാരം ഉണ്ടാക്കണം ഈശ്വരനോട് അടുപ്പമുണ്ടാക്കുന്ന സംസ്കാരം അതിനെയാണ് ജ്ഞാനാഗ്നി എന്ന് പറയുക ഈ സംസ്കാരം കൊണ്ട് വേണം മറ്റ് സംസ്കാരങ്ങളെ ദഹ്യമാനെ മറ്റു സംസ്കാരങ്ങളെ കത്തിച്ച് ഭസ്മമാക്കിക്കളയുക അപ്പോൾ കൂടുതൽ ഏത് സംസ്കാരമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഈശ്വരീയമായ നിങ്ങൾ ദിവസവും സത്സംഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് വർഷം മുമ്പുള്ള വ്യക്തിയാവില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ചിട്ട വന്നിട്ടുണ്ടാവും ഒരു ഓർഡറിൽ ലൈഫ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് സമയം ആത്മീയമായി ചെലവഴിക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിറ്റ് പോലും വേസ്റ്റ് നിങ്ങൾ ഒരിക്കലും പറയില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കണമെന്ന് കാരണം നിങ്ങൾക്ക് ഓരോ സമയം എൻഗേജ് ആക്കാൻ സാധിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഓരോ മിനിറ്റും യൂസ്ഫുൾ ആക്കാൻ സാധിക്കുന്നുണ്ടാവാം മനസ്സിലായില്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിൽ ആത്മീയ സംസ്കാരം വളരെ പ്രബലമാണ് സംസ്കാരം പ്രബലമായിരിക്കണോ ഇപ്രകാരം കർമാളീവാസനാൽകൃത അനുഭവന ഭ്രാന്തികാന്താരപൂർവേ ദാഹ്യാഭാവേന വിദ്യാചികനി ഇപ്രകാരം വിദ്യ ആധ്യാത്മിക വിദ്യ കൂടുന്തോറും ബാക്കിയുള്ള സംസ്കാരങ്ങളൊക്കെ ദാഹ്യഭാവേ അതെല്ലാം ദഹിച്ച് ദഹിച്ച് ദഹിച്ച് ഭസ്മമായി തൊന്മയിൽ കല്ലവസ്ഥ അവസാനം മനസ്സെവിടത്തും ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന പറയാണ് ഈ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കൂടുതൽ വർദ്ധിപ്പിക്കണം അഗ്നി കൊളുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ല തണുത്ത കാലം വിറകൊക്കെ നനഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വിറകിന്റെ ഇടയ്ക്ക് ഓലയൊക്കെ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കെട്ടുപോകും ഇതുപോലെയാണ് ആധ്യാത്മികമായ അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും സത്സംഗമാകുന്ന പ്രയത്നമാകുന്ന ഓലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊടുത്താൽ ആ അഗ്നി കെടാതെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ശബരിമല സീസണിൽ പോകുന്ന പോലെ ഉണ്ടാവും ആ ഓല നാൽപ്പത്തൊന്ന് ദിവസം ഇതെല്ലാം വെക്കും അതിങ്ങനെ കത്തിയിരിക്കും നാൽപ്പത്തൊന്നാം ദിവസം ആകുമ്പോഴേക്കും എല്ലാം മാറ്റി ഇത് തന്നെ പിന്നെ ആ സംസ്കാരം പോകില്ല വീണ്ടും അടുത്ത വർഷം വരുമ്പോഴും അതുവരെ ഇങ്ങനെ എരിഞ്ഞിരിക്കരുത് ചാരം കൂടി ഇങ്ങനെ കിടക്കും പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ആ തുലാമാസം കണ്ട് വരുമ്പോഴേക്കും വെക്കിനും കടലാസും എല്ലാ സാധനങ്ങളും വെച്ച് ഭൂ ഭൂ സ്വാമി അയ്യപ്പൂ ഊതി ഊതി ഊതി കഥ തുടങ്ങി ഒരു നാലഞ്ച് ദിവസം കൊണ്ടത് കത്തി കത്തി കത്തി ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും കത്തി പിന്നെ അമ്പലത്തിൽ പൂക്കും മാതും നീതും ഓല വെച്ചുകൊണ്ടേയിരുന്നു എത്ര ദിവസം ും ഇതാണ് സാധാരണക്കാരന്റെ ഭക്തി അത് സ്പിരിറ്റിൽ അയാൾ കത്തിക്കും പിന്നെ അയാൾ അത് നിലനിർത്തില്ല എന്നാൽ നമ്മളിലൊക്കെ നിലനിർത്തിക്കൊണ്ടേയിരുന്നാലോ പിന്നെ നിങ്ങൾ ഓല വയ്ക്കേണ്ട പിന്നെ അത് നല്ലോണം വിറകൊക്കെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങടെ താനെ കത്തും പിന്നെ നിങ്ങൾക്ക് നോക്കിയിരിക്കാം ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പണ്ട് കാലത്ത് ഉള്ള കാലത്തുണ്ടല്ലോ ഒരാൾ രസമായിരുന്നു പാവം മുത്തശ്ശിമാരും മറ്റൊക്കെ ചേർന്ന് അടുക്കളയിൽ അവർ വിറക കണ്ട് വയ്ക്കുമ്പോഴേക്കും അവര് തിരിയുമ്പോഴേക്കും വിറക കണ്ട പിന്നെ അലപ്പൂവും പിന്നെ അത് വെച്ചുകൊണ്ട് വീണ്ടും അവര് അല്ലേ എത്ര രസമായിരുന്നത് ഇന്നിപ്പോ അത് മനസ്സിലാക്കേണ്ട പ്രയാസമാണ് ഇന്നിപ്പോൾ പിന്നെ അത് കുറയ്ക്കുക തിരിക്കുക എന്നല്ലാതെ വേറെ അതുകൊണ്ട് ഗ്യാസ് വന്നതോടുകൂടിയിട്ടോ ശരീരവും ഗ്യാസായി സർവത്ര ഗ്യാസ്മയമായി ജീവിതം വയ്ക്കുന്നതും ഗ്യാസിൽ കഴിക്കുന്നതും ഗ്യാസ് ഉണ്ടാവുന്നതും ഗ്യാസ് അവസാനം ഗ്യാസ് മയം ഗ്യാസമിതം ഗ്യാസേവ അവശിഷ്ട്യതേ ആള് ഗ്യാസായി തീരുന്നത് വരെ ജീവിതം അങ്ങനെ തന്നെ പോട്ടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ കുറെ കഴിഞ്ഞ് ദഹിപ്പിക്കുന്നതും ഗ്യാസിലായി എത്ര ഇനിയിപ്പോ ഒരു വറം കൂടി ഉണ്ടായിരുന്നുള്ളൂ അതും വന്നു കഴിഞ്ഞു ഒന്നും കുറയ്ക്കരുത് നമ്മുടെ ജീവിതം ഗ്യാസിലേക്കല്ല പോകേണ്ടത് ഈശ്വരനിലേക്ക് തന്നെ പോകണം ഏവം തത്പ്രാപ്തി തോന്നിയോ ാനീരുവാഹയോന്യന്തേ കിശിവതൃശാ പുണ്യോ ദുർവൈ അഭിഗമദ തത്ഫലാ മ വിസ്മരന്തങ്ങളെല്ലാം നിഖിളക്ലേശഹാനി ഉപയോഗം എല്ലാ ക്ലേശങ്ങളെയും ഉള്ളിൽ നിന്ന് കളയാൻ എന്താണ് ഉപായം എല്ലാ രോഗങ്ങളും മാറ്റാൻ എന്താ ഉപായം ഏവം തൊൽ പ്രാപ്തിത അന്യനഹികലു ഭഗവാനിലുള്ള ദൃഢമായ ഭക്തിയോടുകൂടിയ സ്മരണം തന്നെയാണ് സകല രോഗങ്ങൾക്കുമുള്ള ഔഷധം നോക്കൂ ഇതൊക്കെ പറയുമുണ്ടല്ലോ നമ്മൾ ഈ ജ്യോതിഷം അതുപോലെ തന്നെ എന്താണ് ബാക്കിയുള്ള മറ്റുള്ള മരുന്നുകൾ ഡോക്ടറെ ഇതെന്നൊക്കെ നമ്മൾ ഉയരണം കുറേ ഡോക്ടർ ശരീരത്തെ ചികിത്സിച്ചോട്ടെ പക്ഷെ മനസ്സിനെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറേയും അനുവദിക്കരുത് അതുകൊണ്ടാണ് ഈ ചകരമഹർഷി ആയുർവേദ ആചാര്യനായിരുന്നു ആയുർവേദത്തിന്റെ വലിയൊരു പണ്ഡിതനായിരുന്നു ചകരൻ എന്ന് പറയുന്ന മഹർഷി അദ്ദേഹം എഴുതിവെച്ച മന്ത്രമാണ് സർവരോഗത്തിനും ഔഷധമുണ്ട് എന്നാണ് ഏതാണത്രേ വിഷ്ണു സഹസ്രനാമാനം സർവാൻ രോഗാൻ വിഷ്ണു സഹസ്രനാമത്തിലൂടെ എല്ലാ രോഗങ്ങളെയും മാറ്റാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥം സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് മനസ്സ് എല്ലാ ചിന്തകളും വിട്ടാൽ അത് തന്നെ വലിയൊരു ഔഷധമാണ് നമ്മുടെ ശരീരത്തിൽ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണേ രോഗത്തെ പ്രതിരോധിക്കാനുള്ള മരുന്ന് നമ്മുടെ ശരീരത്തിലുണ്ട് എല്ലാ സിസ്റ്റങ്ങളും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എക്സസ് ഷുഗർ കഴിച്ചാലും ആ ഷുഗർ നിങ്ങളുടെ ശരീരത്തിന് മൂത്രത്തിലൂടെ തള്ളിക്കളയാനുള്ള വ്യവസ്ഥ ബോഡിയിലുണ്ട് ഇല്ലേ ഭഗവാൻ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ടെൻഷൻ കാരണം ആ എക്സ് ആ എന്താണ് ഇത് പുറത്തേക്ക് തള്ളാനുള്ള ആ പ്രക്രിയ നശിപ്പിക്കുന്നു അപ്പോഴാണിത് ബോഡിയിൽ ആക്ടിവിലേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ബോഡി എടുത്തു വെക്കുന്നത് അപ്പോഴാണ് പിന്നെ നിങ്ങളൊരു ഷുഗർ പേഷ്യന്റായി മാറുന്നത് നിങ്ങൾ സാധനം അമിതമായി കഴിക്കുന്നുകൊണ്ടല്ല പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങൾ ടെൻഷൻ എടുക്കുന്ന സമയത്ത് സിസ്റ്റങ്ങൾ താളം തെറ്റണം സിസ്റ്റങ്ങൾ താളം തെറ്റുമ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം ഏതാണ് നമ്മുടെ മനസ്സിനെയാണ് അതിനെ നമ്മളൊരു രോഗത്തിലേക്കും അടിമപ്പെടാൻ അനുവദിക്കരുത് പറയണോ ആ ഭഗവാനെ പ്രാപ്തി ആ തൽപ്രാപ്തിതം അത് തന്നെയാണ് അഖില രോഗങ്ങൾക്കും ക്ലേശങ്ങൾക്കും പരിഹാരം അല്ലാതെ അകധശതാൻ ഗുണേഷു കർമ്മയോഗ കൃഷിവൽ നൈകാന്താത്യന്ത നിഗമപദുർവൈകല്യ അകല്യ തൽപരാനി അവാപ്ത ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് പണ്ട് കാലത്ത് രോഗങ്ങളെ മാറ്റാൻ പ്രശ്നങ്ങളെ മാറ്റാൻ പലതരത്തിലുള്ള പൂജകളും ക്രിയകളും ഔഷധങ്ങളും പലതും ഉണ്ടായിരുന്നു ഒരു മനുഷ്യനെ പൂർണ്ണമായി അസുഖങ്ങളിൽ നിന്നും മുക്തമാക്കാൻ സാധ്യമല്ല ഞാൻ അറിയുന്ന കേസുകളുണ്ടേ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ടെൻഷൻ എടുത്തിട്ട് പത്താമത് ദിവസം മരിച്ച ആളുണ്ട് ടെൻ ഡേയ്സ് ഡോക്ടർ ഗ്യാരന്റി കൊടുത്തതാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഇയാൾക്ക് ടെൻഷൻ അടിച്ചുപോയി ഇവിടെ പോലും ചെയ്തു ഒന്നര ലക്ഷം മുടക്കി ഓപ്പറേഷനും കഴിഞ്ഞ് പത്ത് ദിവസം കൊണ്ട് ആള് സ്ഥലം വിട്ടു കാരണം അയാൾ മനസ്സുകൊണ്ട് അയാള് രോഗിയാണെന്ന് ഉറപ്പിച്ചുകൊള്ളു നിങ്ങൾ നേരെ മറിച്ച് നമ്മളെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ തളർത്താൻ ഒരു കാര്യത്തിനും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് വലിയ പ്രശ്നം അവിടെ പറഞ്ഞ് പരിശീലിക്കണം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അതങ്ങനെ എളുപ്പമൊന്നും അല്ലത് വളരെ പ്രയാസ കാരണം കുട്ടിക്കാലം കയങ്കള് പെട്ടെന്ന് നിർത്തണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് നമുക്ക് സിമ്പതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് പ്രശ്നം നമുക്ക് സിമ്പതിയല്ല വേണ്ടത് മനസ്സിലായില്ല പലർക്കും വേണ്ട സിമ്പതിയാണ് എന്തൊക്കെയാ വിശേഷം അപ്പോഴേക്കും കഷ്ടട്ടോ എന്ന് കേൾക്കുമ്പോൾ ഒരു ഈ സുഖത്തിനെ പറയാൻ ചൊറിമാന്തി സുഖം എന്നാ ഈ ചൊറി വന്നാൽ ചൊറിയുമ്പോൾ സുഖമുണ്ടല്ലോ അത്രയും മറ്റുള്ളവർ സിമ്പതി കാണിക്കണം കഷ്ടട്ടോ പാവട്ടോ ഓഹ് എന്തൊരു സുഖമാണ് അതിൽ അതാണ് പലരും ഒരു ഇങ്ങനെ യാചിച്ചു കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെയും സിമ്പതിയിൽ ധൈര്യമായിട്ട് പറയുന്ന ഒരു പ്രശ്നവും ഇല്ല അത് നോക്കൂ നിങ്ങൾക്ക് ലോകത്തെ തോൽപ്പിക്കാനുള്ള എളുപ്പ വഴി ഇതാണ് നിങ്ങൾ നോക്കൂ ഞാനിതൊരനുഭവാണ് പറയുന്നതേ നിങ്ങളൊരാളെ കാണുന്ന സമയത്ത് നിങ്ങളെ ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് ഉടനെ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് സുഖനെയല്ലേ അപ്പൊ അവര് പറയണ ആ പോണോ തരക്കടില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ എന്താ സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങളേക്കാളും വലിയ മേലല്ലയാൾ നിങ്ങളുടെ ലെവലിലാണ് വരും പോകുന്നത് എന്നുള്ളത് അത് സന്തോഷം നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് കൂടുതൽ സന്തോഷപ്പെടാണെന്നറിയോ അവർ പറയണോ ഒന്നും പറയേണ്ട അറിഞ്ഞില്ലേ മോളുടെ കാര്യം മോന്റെ കാര്യം എന്നു നിങ്ങൾ പറയുമ്പോൾ മറ്റവർക്ക് കുറച്ചുകൂടി സന്തോഷമായി കാരണം ഓഹ് എനിക്കിത്ര പ്രശ്നമില്ലല്ലോ കാരണം എനിക്ക് അവതാളത്തിലെ അയാളുടെ കാര്യം എന്നാൽ നിങ്ങളൊരു വ്യക്തിയോട് പറഞ്ഞുപ്പോ നിങ്ങൾ വഴിയിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കണോ ഓഹ് പരമസുഖമായിട്ടിരിക്കണോ ഉടനെ അയാൾ എന്താ പറയാ അറിയോ ഞാൻ ശരി കിട്ടും ഫോട്ടോ പിന്നെ കാണാൻ കാലത്ത് അയാളുടെ അടുത്ത് ഇല്ല അയാളുടെ അടുത്ത് ഇല്ലാത്ത കാര്യം നിങ്ങൾ പറയുന്നത് ഞാൻ തമാശയില്ല അനുഭവം അവര നിങ്ങൾ പരമസുഖത്തിലാണെന്ന് ഒരാളോട് പറഞ്ഞാൽ അപ്പൊ അയാൾ തോറ്റു കാരണം ആ സാധനം അയാളുടെ ഇല്ല പിന്നെ അയാൾ ചിന്തി ഭ്രാന്തിന്റെ ലക്ഷണം തോന്നുന്നു എന്നാലെ സമ്മതിക്കില്ലേ നിങ്ങൾ ഇവിടെ അയാൾ അടുത്ത ആളോട്ടെന്താ പറയാ അറിയാലോ അവർക്ക് എന്തോ സത്സുഖം തോന്നിയിരുന്നോ ഈ സത്സംഗത്തിന് പോയിട്ടാണെന്ന് പറഞ്ഞു വട്ടുപിടിച്ച ഹംസയെന്നെനിക്ക് ഇപ്പൊ പരമസുഖത്ര സംബന്ധിക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ലോകം അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ കീടക്കാൻ എളുപ്പമായ വഴി പരമസുഖം നിങ്ങൾ പരമസുഖത്തിലിരിക്കൂ കാരണം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആർക്കും വിട്ടുകൊടുത്തിരിക്കണോ ഭഗവാന് വിട്ടുകൊടുത്തിരിക്കും പിന്നെ നിങ്ങൾ പരമസുഖമായിട്ട് ഇരുന്നൂടെ കാലറ്റീൻ പറയപ്പെട്ടി എന്തിന് നമ്മൾ പറയണം ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ഇപ്രകാരം ചിന്തിക്കൂ അതുകൊണ്ട് പൂജ ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാം ചരട് കെട്ടിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാം അതുപോലെ തന്നെ നവരത്ന മോതിരം ഇട്ടതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങൾ ധരിച്ചാൽ നിങ്ങൾ വിദ്ധികളാണ് ഒരു മോതിരത്തിനും ഇത് പരിഹരിക്കാൻ പറ്റില്ല ഒരു ചരടിനും അത് പരിഹരിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് ഇത്ര അതോറിറ്റി എന്നൊക്കെ പറയാൻ കാരണം ഇതിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണണം അവർക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം മനസ്സിലായില്ലേ ഇതിന്റെ വലിയ വലിയ വ്യാപാരികളായിട്ട് നമുക്ക് കോണ്ടാക്ട് വരുന്നു അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ അവരുടെ വീട്ടിൽ സപ്താഹം നടത്തിയിട്ടുണ്ട് അപ്പൊ ആലോചിച്ച് അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല പിന്നെ അവരെന്നെ വിളിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കണം നമ്മുടെ അനുഭവങ്ങൾ അതുകൊണ്ട് ഇതിലൊന്നും നിങ്ങൾ ഭ്രമിക്കരുത് എന്റെ പ്രശ്നം പരിഹരിക്കാൻ പുറമേയുള്ള ദൈവത്തിനല്ല സാധിക്കുക പ്രശ്നം ഇരിക്കുന്നത് മനസ്സിലാണെങ്കിൽ ആ മനസ്സിന്റെ പ്രശ്നം ഭരിക്കാൻ അതേ മനസ്സിനെ ഞാൻ ഭഗവാൻ വിട്ടുകൊടുക്കണം വേറെ ഒരു വഴിയിൽ ഇതിന് എന്നാൽ നിങ്ങൾക്ക് ധന്യരായി എന്നിട്ടോ തൊല്ലോകാധന്യലോക കൊനുഭയരഹിത തദ്ീതസത്യലോകേനുഖവസതി പത്മഭൂപത്മനാഭ ഹേ വംഭാവേത്വധർമാർജിതഹുതമസം കാനാരകാണ തന്മീത്വം സിന്ധിബന്ധം തുലോകാത് അന്യലോകക്കു ഭയരഹിതം ഭഗവാന്റെ ലോകമല്ലാതെ ഭയരഹിതമായ ലോകം വേറെയില്ല ബാക്കിയെല്ലാ ലോകങ്ങളിലും ഭയമുണ്ട് ലോകം എന്ന് പറഞ്ഞാൽ അനുഭവം നഷ്ടം ഇപ്പൊ ഭഗവത് വിചാരമാകുന്ന അനുഭവമല്ലാതെ ബാക്കിയെല്ലാ അനുഭവവും നമുക്ക് ഭയം നിങ്ങൾ കുട്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഭയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയമുണ്ട് കുറച്ചൊരു ഭയമുണ്ട് അല്ലേ നിങ്ങൾ ഭയ എന്താണ് പേഴ്സ് മറന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പേടി മറന്നോ മറന്നു മറന്നു തപ്പണം നിങ്ങൾക്ക് ഓരോ സാധനങ്ങളും നമുക്ക് ഭയം നിങ്ങളുടെ കുട്ടികൾ പത്ത് മിനിറ്റ് ലേറ്റായിട്ട് വന്നാൽ അപ്പോഴേക്കും മനസ്സ്പടയാൻ തുടങ്ങി എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അതുപോലെ നിങ്ങൾക്ക് ശരീരത്തിന് വല്ല ഒരു തുമ്മൽ തുമ്മിയാൽ മതി ഈശ്വരാ വന്നോ എന്താകുമോ എന്തിന്റെ ലക്ഷണമാവോന്ന് കാരണം ആരോഗ്യ മേഗസിൽ വായിച്ചിന് മൂന്ന് വട്ടം തുമ്മിയാണ് അപ്പം ചിന്തിക്കണമെന്ന് ഡോക്ടറെ കണ്ടുകൊള്ളണമെന്ന് അപ്പോഴേക്കും നമുക്ക് ആദ്യം വന്നു എന്തോ കുഴപ്പം കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണ് മനുഷ്യ മനസ്സ് ഇങ്ങനെ നമ്മൾ കുറെ കാലമായി ചിന്തിച്ചുറപ്പിച്ചിരിക്കുന്ന ലോകങ്ങളൊക്കെ നമുക്ക് ഭയം വരുത്തും എന്നാൽ ലോക ഭഗവാന്റെ ലോകമാണെങ്കിലോ ഭയരഹിതം തൊൽഭീത സത്യലോകേ അഭിനസുഖവസതി ഭഗവാനെ പേടിച്ചുകൊണ്ട് ബ്രഹ്മാവിന് പോലും സത്യലോകത്തിൽ മര്യാദയ്ക്കിരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്താർത്ഥം ബാക്കിയുള്ള ലോകങ്ങൾക്കെല്ലാം ഒരു പുനരാവൃത്തി ചക്രമാണ് ബാക്കിയെല്ലാം ഇത് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് നല്ലതാണ് ലോകം എന്ന് പറയുന്നത് അനുഭവമാണ് അനുഭവം എന്ന് പറയുന്നത് ചക്രമാണ് എപ്പോഴും അനുഭവത്തിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും എന്തൊക്കെയാണ് ഒന്ന് സുഖം തരുന്ന അനുഭവമുണ്ടെങ്കിൽ അതിന്റെ പുറകിലൊരു ദുഃഖം തരുന്ന അനുഭവം ഒരു ജയം തരുന്ന ഒരു അനുഭവമുണ്ടെങ്കിൽ പരാജയത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം അതാണ് അനുഭവം എന്ന് പറയുന്നത് പക്ഷേ ഈ അനുഭവങ്ങൾക്കെല്ലാം പിന്നിൽ അനുഭവിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ശക്തിയുണ്ട് അയാൾക്ക് ഈ അനുഭവങ്ങളൊന്നും ബാധകമല്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ട്രാഫിക് അലന്റിൽ നിൽക്കുന്ന പോലീസുകാരനെ കാണും അങ്ങോട്ടും ഇങ്ങോട്ട് വാഹനം പോകുന്നു സുഖത്തിന്റെ ഒരു സൈഡും ദുഃഖത്തിന്റെ ഒരു സൈഡും അയാളിങ്ങനെ കൈ കാണിക്കണം ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് എങ്ങോട്ട് വാഹനം പോയാലും അയാൾക്കൊരു പ്രശ്നമില്ല അയാളുടെ മേലുകൂടെ പോകുന്നില്ല എന്നാ അയാൾ പറഞ്ഞാലേ അയാളിങ്ങനെ കാണിച്ചാൽ എത്ര വലിയ ആളാണെങ്കിലും അവിടെ നിന്നു അയാളെങ്ങനെ കാണിച്ചാലോ അടിച്ചു വിട്ടു ശരിയല്ല ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ട്രാഫിക്കുകാരനെ പോലെ കാണിക്കുന്നുണ്ട് ആഗമാ പായിനു അനിത്യാഹ സുഖം വരുമ്പോഴും അധികം ട്രാഫിക് കാണിക്കും ദുഃഖം വരുമ്പോ അദ്ദേഹം ഒന്ന് നിർത്തും കുറച്ചു നേരം നിർത്തിയിട്ടേ വിടുള്ളൂ എന്നിട്ട് അദ്ദേഹം പോയിക്കൊള്ളാൻ പറയും കാരണം അടുത്ത വാഹനം നിൽക്കുന്നുണ്ടേ ഇങ്ങനെ ആകമ പായിനു അനിത്യാ രാവിലെ അദ്ദേഹം കൈ കാണിച്ചു നമ്മുടെ ഉള്ളിൽ കൂടെ അദ്ദേഹം പാസ് കാണിച്ചു നമ്മുടെ ഉള്ളിലൂടെ പൊങ്കൽ കടന്നുപോയി ഇനി കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബാക്കി നിർത്തി ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട് ട്രാഫിക്കില് ആരോഗ്യം നമുക്കറിയില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സിഗ്നൽ കൊടുക്കൂ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പാർട്ടികളൊക്കെ വരുന്നതും പാർട്ടികളൊക്കെ എത്ര രസം നോക്കൂ നിങ്ങൾ അങ്ങനെയൊരു സത്യം നമ്മൾ ഈ പ്രകാശിച്ചിരിക്കുന്നുണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തൊന്മേത്തം ചിന്തി ബന്ധം ഭഗവാനെ ലോകവുമായിട്ടുള്ള ബന്ധം ചിന്തിച്ചുകൊണ്ട് വേർപ്പെടുത്തിക്കൊണ്ട് ഹേ കൃപാ സിന്ധു ഭഗവാനെ കാരുണ്യമുള്ള ഗുരുവായൂരപ്പ അങ്ങയിൽ തന്നെ എനിക്ക് മനസ്സുറച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ന്മയസ്തമന വിഭോ വസ്തുതോ വന്ദമോക്ഷോ മായാദ്യത വിരചിതോ സ്വപ്നബോധോകമോത്തോ ബേ ജീവൻ വിമുക്തിരവിദാവതീ തേദേഹദ്രുമസ്തോ വിഷയപരസാപരോ നിർദാത്മാദാർത്യാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മേ മമ വസ്തുത ബന്ധമോക്ഷോന്ന യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ബന്ധനസ്ഥരുമല്ല അതുകൊണ്ട് ആർക്കും ഇവിടെ മോക്ഷവുമില്ല ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ മനസ്സിലാവോ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു മോക്ഷം കൈവരിക്കാനുണ്ടത് കാരണം നാം നമ്മളെ എന്തു ചെയ്തിട്ടുണ്ട് ബന്ധനത്തിലാക്കിയിട്ടുണ്ട് ബന്ധനമുള്ള ഒരാൾക്ക് എന്താവശ്യ മോക്ഷാവശ്യ മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി മുക്തി എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുക ഇപ്പൊ മോചനം വേണമെങ്കിൽ ആദ്യം അയാൾക്ക് എന്ത് വേണം ഇപ്പൊ ഒരു പട്ടിയെ നിങ്ങൾ കൂട്ടിലാക്കാതെ കൂട്ടിക്ക് പട്ടിക്ക് മോക്ഷം വേണ്ട ആവശ്യമുണ്ടോ പട്ടിക്ക് മോക്ഷം കൂട്ടുന്ന അഴിച്ചുവിടലാണ് അത് ഓൾറെഡി മുക്തനാണെങ്കിലോ ഇനി അയാൾ ആവശ്യമുണ്ടോ ഇതുപോലെ നമ്മളൊക്കെ വാസ്തവത്തിൽ കുട്ടിക്കാലത്ത് മുക്തരായിരുന്നു പിന്നീട് നമ്മൾ കഴിഞ്ഞുപോയ ചിന്തകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വരാൻ പോകുന്നതിനെ ചിന്തിച്ചു ദുഃഖിച്ചുകൊണ്ടും നമ്മളെ എന്തു ചെയ്തു ആ വർത്തമാനകാലത്തിൽ നിൽക്കേണ്ടുന്ന മനസ്സിനെ നമ്മൾ ഭൂതത്തിലും ഭാവിയിലും വർത്തിപ്പിച്ചു ഇപ്പോ നിങ്ങളിരിക്കുന്ന വർത്തമാനത്തിലാണ് അല്ലേ ഈ കാലത്തിലാണ് പക്ഷെ മനസ്സിരിക്കുന്നതോ ഭാവിയിലോ ഇപ്പൊ നോക്കും നിങ്ങൾ മനസ്സ് നോക്കും നിങ്ങൾ ശാന്തമാണ് സ്വസ്ഥമാണ് ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിശ്ചയിക്കുമ്പോൾ പിന്നെ അതിന്റെ വരും വരായികളെയൊക്കെ ചിന്തിക്കുമ്പോഴേക്കും മനസ്സ് വർത്തമാനത്തെ വിട്ടു ഇപ്പൊ നമുക്ക് ബന്ധനം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്ത് നിന്നും മനസ്സ് സ്ഥിതി ചെയ്ത് തന്നെയാണ് എന്ന് പറയുന്നത് മുക്ത എന്ന് പറഞ്ഞാലോ ഭൂതകാല ചിന്തയും ഭാവിയും വേർപ്പെടിച്ചുകൊണ്ട് മനസ്സിനെ ഇവിടെ നിർത്തണം വർത്തമാനത്തിൽ നിർത്തിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വർത്തമാനകാലത്തൊന്നും ബന്ധനമില്ല കീപ് ദ മൈൻഡ് ഇൻ ദ പ്രസന്റ് സ്റ്റേറ്റ് എന്നാണ് എല്ലാ ഇപ്പോഴും നമുക്ക് സാധ്യമല്ല കാരണം ലോകത്തിൽ വ്യവഹരിക്കണമെങ്കിൽ നമുക്ക് ഇപ്പം നിങ്ങളോട് എന്താണ് നിങ്ങൾ എവിടെന്നാ വരുന്നത് നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭൂതകാല സ്മരണയിലേക്ക് പോകണം അല്ലേ അല്ലെങ്കിൽ പിന്നെ ഭൂതകാലം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വർത്തമാനം ഇല്ല അപ്പൊ അതിൽ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കണം അതിനെ നമുക്ക് വിടാനും സാധിക്കണം എപ്പോഴും ആ ചിന്തയിലിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭൂതകാലത്തിൽ നിന്നും ഭാവി കാലത്ത് നിന്നും മുക്തമാക്കണം ഈ കഴിഞ്ഞ ഇൻസിഡന്റിൽ മനസ്സ് കുരുക്കി നമ്മൾ ഒരു ഗ്രാമത്തിൽ കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പന്ത് അടിച്ചപ്പോ ഒരു കിണറ്റിൽ പോയി വീണു കിണറ്റിലാണെങ്കിലോ ചുറ്റും കെട്ടാത്ത കിണറാണ് ഒന്നും കെട്ടിയിട്ടില്ല ഒരു പഴയ കിണറ് അപ്പൊ എല്ലാവരും നോക്കി കുട്ടികളൊക്കെ പന്ത് വിടുകയാണെന്ന് ഒരു കുട്ടി എത്തി നോക്കിയാലും കുട്ടി വെള്ളത്തിലേക്ക് വീണു നല്ല ആളുള്ള പഠിക്കുന്ന നാട്ടുകാരെല്ലാവരും കൂടി ആ കിണറ്റിലേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അത്ര ഒരു കിണറ് കുട്ടിയാണെങ്കിൽ അവിടെ കിടന്ന് കനച്ചിലും പിഴിച്ചിലും ബഹളം ആ കുട്ടിയുടെ അച്ഛനും നെഞ്ചത്തടിച്ചിട്ട് എന്റെ കുട്ടികളെ രക്ഷിക്കൂ ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റിയാൽ സമ്മാനം കൊടുക്കാം അവിടെ ആരെങ്കിലും ചാടി അങ്ങനെ ഇരിക്കും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ വന്നു ആ നാട്ടിലെ ലോക്കൽ പഞ്ചായത്ത് അയാളെങ്ങനെ എത്തി നോക്കലും അയാൾ ചാടലും കഴിഞ്ഞു ധീരനായ ഒരാളാണ് അയാൾ എന്നുള്ളത് നാട്ടുകാർക്ക് വളരെ റെസ്പെക്ട് തോന്നി അപ്പോഴേക്കൊരു കാരണം വരെ ഇവിടെ നിന്ന് ഒരു മാലിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഏർപ്പാട് പിന്നെ അപ്പോഴേക്കും കയറും പലകയും എന്താ ചെയറൊക്കെ കെട്ടിയിട്ട് കൊടുത്ത് എല്ലാവരും കൂടി തൂക്കിപ്പുറത്തിട്ടു ഇയാളുടെ കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് അവിടെയും കൂടെയൊക്കെ പോയിട്ടുണ്ട് നല്ല തണുത്ത വെള്ളം കിട്ടിട്ടുള്ള അവർക്ക് കുട്ടിയെ രക്ഷിച്ചില്ലേ അപ്പോഴേക്കും ഒരു അമ്മാവൻ വന്നിട്ട് മാലയിട്ടു അമ്മാവൻ ചോദിക്കുന്നുണ്ട് ഈ കരട്ടിലേക്ക് ചാടാനുള്ള നിങ്ങൾക്ക് പ്രേരണയും പ്രചോദനവും ആരാ വേള പറയുന്ന പ്രേരണയും പ്രചോദനം അവിടെ നിൽക്കട്ടെ പുറകുന്ന അര ഒന്തിയതെന്ന് ആദ്യം പറയൂ എന്ന് അര പറഞ്ഞത് നല്ലതാണേ പായ ഒളിച്ചിങ്ങനെ എത്തി നോക്കിയതാ പുറകുന്ന അരൊട്ടക്കരൊട്ട് വെച്ച് കൊടുത്തു കടക്കണോ അപ്പൊ കാരണവർ പറയണ കഴിഞ്ഞത് പോട്ടെ ഇനി ക്രെഡിറ്റ് എടുക്കും സുഹൃത്തേ ഞാൻ ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ട് ഒരു പൌരനെ രക്ഷിക്കാൻ വേണ്ടി ചാടിയതാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കൂ മാലയിട്ടുകൊണ്ട് നോട്ട് മാലിന്യം ചാടി നസിക്കൂ ഇനി ആര് തള്ളിയിട്ടു എന്തിന് തള്ളിയിട്ടോ എന്തിന് തള്ളിയിട്ട് തീർത്തുതരാൻ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതികാരം കാണിച്ചിട്ട് എന്ത് കാര്യമുണ്ട് അല്ലേ ചിന്തിക്കുക ഇതുപോലെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് എന്തിനാ ഈശ്വര എന്നെ ഈ ജീവിതത്തിലേക്ക് തള്ളിയിട്ടതെന്ന് നമ്മളും തള്ളിയിട്ടതിന് ഈശ്വരനെ പഠിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് തോന്നല്ലോ ഭഗവാൻ പറയേണ്ട ഇനിവെ ചാടിക്കഴിഞ്ഞു ഇനി ക്രെഡിറ്റ് എടുത്തിട്ട് രക്ഷപ്പെടുന്നതെന്ന് അത് നമുക്ക് തോന്നണം അത് തന്നെയാണ് മുക്തിയിൽ പറയാനുള്ള നമ്മളെ മാനസികമായിട്ടാണ് നമ്മൾ ബന്ധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുക്തരാക്കേണ്ടതും മാനസികമായിട്ടാണ് ബദ്ധേ ജീവൻ മുക്തി അതാണ് ജീവിച്ചിരിക്കുമ്പോഴുള്ള മുക്തി നിങ്ങളിവിടെ തന്നെ മുക്തരാണെങ്കിൽ നിങ്ങൾ ഭഗവാനിലെത്തും ചിലരാണെങ്കിലോ അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബദ്ധരാണ് അവർക്ക് മരിക്കുമ്പോഴും എന്തില്ല മുക്തിയില്ല അത്ര ഈശ്വര വിചാരം ചെയ്യും നിങ്ങൾ മുക്തരാണ് കാരണം മനസ്സ് പ്രസന്റിലാണ് പ്രസന്റിലിരിക്കുന്ന മനസ്സെ പ്രസൻസിന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ മുക്തരാണ് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വെറീസായി കഴിഞ്ഞാൽ നിങ്ങൾ മുക്തരല്ല നിങ്ങൾ ഇവിടുന്ന് ബദ്ധരാണ് ഇനി നിങ്ങൾ മരിക്കുമ്പോഴും ബദ്ധരായിട്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം മുക്തി വേണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് ബന്ധനം നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ ചിന്തിച്ചു പോയാൽ മരിക്കുമ്പോഴും അങ്ങനെയൊന്ന് ചിന്തിക്കുക ഇവിടെ തന്നെ നിങ്ങൾ ഈശ്വര ചെയ്ത് മനസ്സിനെ ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ നിങ്ങൾ ഇവിടെ തന്നെ മുക്തരാണ് നിങ്ങൾ മരിക്കുമ്പോഴും മുക്തരാണ് നമ്മളിവിടെ തന്നെ ഈ നിമിഷം മുതൽ മുക്തരാവാൻ ശ്രമിക്കൂ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എന്ന് പറഞ്ഞ് പഠിക്കൂ പറയാൻ സമ്മതിക്കരുത് നാവിനെ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും വളരെ സുഖമായിട്ടിരിക്കുന്നു ആരോട് പറയണം വിഷമം ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രശ്നമുണ്ടാക്കുന്നത് മനസ്സാണ് പരിഹരിക്കേണ്ടതും മറ്റൊരാള് നിങ്ങളുടെ പ്രശ്നം കേട്ടിട്ട് സാരല്ല പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം പോകൂ പാവം നല്ല തലവേദന സാരല്ലോട്ടോ എല്ലാം മാറിയ ഭേദാവുന്ന അല്ലെങ്കിൽ മാറിയ തന്നെ വേദമുള്ളൂ ഒരാൾ പറഞ്ഞാൽ മാറിയ വേദാവൂ ഈ തരത്തിലുള്ള ഈ സെന്റിമെന്റ് നോക്കുയരും നിങ്ങൾ എന്നിട്ടോ ജീവൻ മുക്തത്വമേവം വിധമിവ വചസംഫലം ദൂരദൂരി ലഘു മനസോദനം ഭക്തിൽ തന്മീ വിഷ്ണോ കൃഷിഷ്ടകല താപ്പണം ഭക്തിവാരം ഏനാംസാമംജിൽ ജീവൻ മുക്തത്വമേവം ജീവൻ മുക്തന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ് കിംകാലം എനിക്കത് പ്രയോജനപ്പെടില്ല എനിക്ക് കാരണം അശുദ്ധ ബുദ്ധി എന്റെ മനസ്സിപ്പോ കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ട് സമയം കളയുകയാണ് അതുകൊണ്ട് ഗുരുവായപ്പ ഇതിൽ നിന്നും എന്നെ അനുഗ്രഹിക്കണം ദൂരെ ദൂരെ ഭക്തിത ഇപ്പൊ ഞാൻ ജീവൻമുക്തെന്നുള്ള ഭാവത്തിൽ നിന്ന് ഇത്രയോ ദൂരെ വർത്തിക്കുന്നു എനിക്ക് വേണ്ടത് ഇപ്പോ ഭഗവാനെ വിഷ്ണോ ത്യീകൃത സകലപ്രാപ്പണം ഭക്തിവാരം മേ കൃഷിഷ്ട നിരന്തരമായി ഈശ്വരനാമം ജപിച്ചുകൊണ്ട് സത്സംഗങ്ങൾ കേട്ടുകൊണ്ട് എന്റെ മനസ്സിനെ ഞാൻ ചിന്തകളിൽ നിന്നും മുക്തമാക്കണം എന്നാലേ പിന്നെ എനിക്ക് ആരെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ജീവൻമുക്തിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് കിഞ്ചിൽ ഗുരുവചനമിള അൽപ്രബോധ അങ്ങനെ സത്സംഗത്തിലൂടെയും നാമസങ്കീർത്തനത്തിലൂടെയും ഗുരുക്കന്മാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു കൊള്ളാം ഗുരുവായപ്പ അതുകൊണ്ട് നിരന്തരം ഭഗവൽ നാമം ചൊല്ലിക്കൊണ്ടും ഭഗവത് സ്മരണം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ മനസ്സിനെ ബാക്കിയുള്ള ചിന്തകളിൽ നിന്നും മുക്തമാക്കാം പിന്നെ പറയുന്നു ശബ്ദബ്രഹ്മണ്യ പ്രേരിത മനസ ്വാംനന്തികേതിൽ കഷ്ടം നിഷ്പ്രസൂതിരാമ സകലമലഹര ശബ്ദബ്രഹ്മണ്ലരുണ്ടല്ലോ ഈ വേദം ചൊല്ലി നടക്കുന്ന പട്ടതിപ്പാട് പറയുന്നത് ചിലർക്ക് വേദം ചൊല്ലാൻ കഴിവുണ്ട് അതുപോലെ പൂജാദികൾ വ്യാപരിക്കുന്ന ആളുകളുണ്ട് കർമ്മത്തിൽ വെറും മന്ത്രത്തിലും ശബ്ദത്തിലും പ്രവൃത്തിയിലും മാത്രം ഇന്ന ജാനന്ദികീതിയിൽ അങ്ങേ മനസ്സിലാക്കുന്നില്ല കാരണം അതേതുപോലെയാണ് കഷ്ടം വന്ധ്യാസമാരതിരവാം വിഭ്രതി നിഷ്പ്രസൂതി പ്രസവിക്കാത്ത പശുവിനെ പ്രസവിക്കുമെന്ന് കരുതി പോറ്റുന്നവരാണവര് ഒരിക്കലും പ്രസവിക്കാത്ത ഒരു പശുവിനെ വീട്ടിൽ വളർത്തുന്നവര് സതിയണോ പ്രസവിക്കാത്തത് പണ്ട് ഈ നാട്ടിൻ ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് സമയം പോവാൻ വേണ്ടിയിട്ട് അമ്പലക്കുളത്തിന്റെ അടുത്തോ വല്ല പബ്ലിക് ഹെലത്തിന്റെ അടുത്തോ എവിടെ ഇങ്ങനെ തമാശകൾ പറയും അപ്പോ ഒരിക്കലും രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ ഇങ്ങനെ തമാശ പറയുകയാണ് എന്താ തൊരു ഒരുത്തം പറയാണ് ഈ നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ അവരുടെ അമ്മമാരുടെ സ്വഭാവമാണ് അതാണ് അന്നത്തെ വിഷയം പക്ഷെ എന്ത് പറ്റിയിരുന്നത് ഏയ് നമ്മുടെ വടക്കേതിലെ ശാരദല്ലേ അവളുടെ അമ്മയും ടീച്ചറാണ് അവളും ടീച്ചറാണ് അമ്മമാരുടെ അതേ സ്വഭാവം പെൺകുട്ടികൾക്ക് കിട്ടണമെന്ന് പറയാം ഇപ്പൊ വേറൊരുത്തം പറഞ്ഞു ശരിയാണ് ശരിയാണ് ശരിയാണ് കിഴക്ക് അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കല്യാണിയും പറഞ്ഞ സ്ത്രീയുണ്ട് അവളും വായെടുത്ത നുണയെ പറയുള്ളൂ അവളുടെ മകൾ അതിലേറെ നുണയെ പറയുള്ളൂ അത്യേ സ്വഭാവം ഇപ്പൊ വേറൊരുത്തം പറയാണ് ഞാൻ അറിയുന്ന ഒരു സ്ത്രീയുണ്ട് അമ്പലത്തിന്റെ വടക്ക് പാർത്ത് അവിടെ കല്യാണി പറഞ്ഞൊരു സ്ത്രീയുണ്ട് അവളും പ്രസവിച്ചിട്ടില്ല അവളെ മകളും ഇതുവരെ പ്രസവിച്ചിട്ടില്ല അവളെ പ്രസവിച്ചിട്ടില്ല പിന്നെ മകള് പ്രസവിക്കുക ഇതാണ് ചിന്തിക്കും നിങ്ങൾ ഇങ്ങനെയാണ് ചിലർ മന്ത്രം ചൊല്ലുന്നത് വേറെയാണ് ചിലർ പൂജ ചെയ്യുന്നത് ഇങ്ങനെയാണ് കിട്ടാൻ പോകുന്നില്ല കാരണം വെറും യാന്ത്രികമായി ഇതിങ്ങനെ തത്തമേ പൂച്ച പൂച്ച തത്തമേ പൂച്ച ചൊല്ലിയിട്ട് എന്ത് കാര്യം എന്നാ ചോദിക്കണ പെട്ടതിരിപ്പാട് വേണം ഭഗവാന്റെ സത്യൽ സാന്ദ്രരൂപം തവച നിഗതിതം താന് നവാചം പ്രിയാസം വെറുതെ ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല സൽസംഗങ്ങളിൽ പോവണം എന്നിട്ട് നാമസങ്കീർത്തനം ചെയ്യണം ക്രമേണ തന്റെ മനസ്സിനെ ആ ഭഗവാനായിരിക്കുന്ന ഗുരുവായപ്പനിലേക്ക് സമർപ്പിക്കണം അപ്പോഴാണ് നമുക്ക് ഈശ്വരൻ കൂടെയുണ്ട് എന്നൊരു അനുഭവം വരുന്നത് അല്ലാതെ നമ്മൾ വെറുതെ നാമം ചെല്ലിയത് കുറെ പൂജ ചെയ്തതുകൊണ്ടോ കുറെ വേദമന്ത്രം ചൊല്ലിയതുകൊണ്ടൊന്നും മനസ് ചെയ്യില്ല എന്ന് ഇതൊക്കെ ഗുരുവായൂരിൽ അദ്ദേഹം കാണുന്നുണ്ടാവും ആൾക്കാർ കാണിക്കുന്നതേ അതിന്റെ വിഷമം കൊണ്ട് പറയുകയിരിക്കാം അതൊക്കെ നമ്മൾ ഓർത്തുവയ്ക്കുക പറയാണ് അതായത് കർമ്മമല്ല നമ്മൾ എത്തിക്കുന്നത് പ്രേമത്തോടുകൂടിയ കർമ്മവും ആ കർമ്മം ഭഗവാനിൽ സമർപ്പിക്കുമ്പോഴുമാണ് നമ്മൾ ഭഗവാനിൽ എത്തുന്നത് അത് തിരിച്ചറിയും േരിയേ ചൈത്യവൈരീൻ ൽിംഗാ ത്െ വേദന സദസാം ദർശനസ്പർശനർ നേരത്തെ ഈ വേദകർമ്മങ്ങളെയും വേദം ചൊല്ലുന്നത് പോലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിഷേയിച്ച പട്ടതിരിപ്പാട് പറയാണ് ഭഗവാൻ മേ യാവാൻ യാദൃശോവാ ത്വമവിമവി നൈവാഗച്ചാമി ഭൂമൻ ച അനന്യഭാവം ഭഗവാനെ എനിക്ക് അവിടുത്തെ തത്വത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും പണ്ട് ശിശുപാലന് സംഭവിച്ച പോലെ സംഭവിച്ചാൽ മതി ശിശുപാലൻ അവിടുത്തെ തത്വങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിലും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങേ ചീത്ത പറഞ്ഞ് അവസാനം ത്വതന ഭജനമേ ചൈത്യവൈരീൻ ത്വൽലിംഗാനം അങ്ങേ തന്റെ മനസ്സി എന്ന് ചേർന്നു ഇതുപോലെ ഞാൻ ത്വതൃപ്രിയജന സരസാം സത്സംഗികളായിട്ടുള്ള ആളുകളോട് ചേർന്നിട്ട് ദർശന സ്പർശനാദി ഭൂയാൻമേ ദ്രഭൂജാൻ ഞാൻ അവിടുത്തെ വിഗ്രഹത്തെ പൂജിച്ചും കർമ്മങ്ങൾ ചെയ്തും എന്റെ സേവനങ്ങൾ ചെയ്തും ക്രമേണ എന്റെ മനസ്സിനെ ഞാൻ അങ്ങയിലേക്ക് അർപ്പിച്ചുകൊള്ളാം അവസാനം എത്തേണ്ടത് മനസ്സ് ഭഗവാനിൽ സമർപ്പണമാണ് അതിലേക്ക് നയിക്കുന്നതാണ് സത്സംഗവും പൂജകളും സേവകളും എല്ലാം അതിന് ഞാൻ അങ്ങനെ അനുഗ്രഹിക്കേണ്ട മേത്രയാണ് ദേവദാസോസ്മിദേഹം തൊൽ ഗേഹോന്മാർജനാദ്യം കർമ്മനിർമായമേവ സൂര്യാഗ്നിബ്രാഹ്മണാത്മാതിഷു രസിതചതുർ ബാഹുമാരാദേവരൂപോന്താ ഭക്തിയോഗ്രേമാർത്വരൂപോ അങ്ങേ തന്നെ എന്റെ മനസ്സ് ആർദ്രമാവുന്ന ലയിക്കുന്ന ഭക്തി എനിക്കുണ്ടാവട്ടെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ എന്ത് ചെയ്യുന്നതും യഭ്യത തത്തൽ ചെയ്യുന്നതും കിട്ടുന്നതും എല്ലാം അങ്ങയ്ക്കായിട്ട് സമഹൃതം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊള്ളാം കാരണം ഞാൻ അവിടുത്തെ ദാസോസ്നേഹം ഞാനവിടുത്തെ ദാസനാണ് ഭഗവാന്റെ ദാസനാണെന്നുള്ള ബോധം ഉറപ്പിക്കൂ ത്വൻ ഗേഹാത്മാത്മാർജനാദ്യം മഹ കർമ്മനിർമ്മായമേവ എന്തെല്ലാം നിഹിതമായ കർമ്മങ്ങൾ എനിക്കുണ്ടോ അതൊക്കെ ഞാൻ ദാസൻ എന്ന ബോധത്തോടെ ചെയ്യാം പിന്നെ സൂര്യ അഗ്നിബ്രാഹ്മണാത്മാദിഷു ചതുർബാഹുമാരാധയെ ഉപാസനകളും അതുപോലെ തന്നെ സത്സംഗാദികളും അതുപോലെ തന്നെ ഭഗവാനെ അങ്ങേ പൂജാദികളും എല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ആരാധിച്ചുകൊണ്ട് അങ്ങേരി ദൃഢമായൊരു ഭക്തി എനിക്കുണ്ടായി എന്നെ അനുഗ്രഹിക്കേണ്ടേ എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നു ഐക്യം ഹോമ വ്രതനേമത സാങ്കയോഗേതുരാപംഖ്യവ ഗോപ്യാപുരാനന്ദ്രം ഭക്തേശന്യേഷൂസ്വു മനുഷ്യ ഭക്തിമേവ തമാസാം ഭക്തിമേവ ഐക്യേ ഭഗവാനെ അങ്ങേയോട് ഐക്യം പ്രാപിച്ചവരാണ് ദാനഹോമവ്രത നിയമാങ്ക്യയോഗൈദുരാപം ഇങ്ങനെ ദാനഹോമവ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ തുൽസങ്കേദൈവ ഗോപ്യ സുഹൃതി മന അങ്ങേത്തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അങ്ങേതന്നെ പ്രേമിച്ചുകൊണ്ട് നിരന്തരം സ്മരിച്ചുകൊണ്ട് അങ്ങേ പ്രാപിച്ച ഭാഗ്യം ചെയ്തവരാണ് അവരൊരു വ്രതവും ഹോമവും ഒന്നും എന്താണ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഭഗവാനെ അങ്ങനെയുള്ളൊരു ഭക്തേഷു അന്വേഷു ഭൂയസ്വനുഷേ അങ്ങയുടെ ഭക്തന്മാരിൽ ആ ബഹുമാനിലായിത്തീർന്ന ആ ഗോപികമാരെപ്പോലെ ത്വന്മേയ തൊൽഭക്തിമേവ ദൃഢയ എനിക്കും അതാവേണ്ടത് ആ ഗോപികമാരെപ്പോലെ ദൃഢമായ ഭക്തി എനിക്കും അവിടുത്തെ പാദങ്ങളിൽ ഉണ്ടാവട്ടെ അതിനെന്നെ അനുഗ്രഹിക്കൂ ഇപ്രകാരം പറഞ്ഞ എല്ലാ രോഗങ്ങളെയും മാറ്റി നല്ലൊരു ഭക്തനാക്കി തീർക്കണം ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പട്ടേരിപ്പാട് നിർത്തി ഇനി തൊണ്ണൂറ്റഞ്ചാമത്തെ ദസകത്തിൽ ഭക്തിയുടെ മഹത്വം ധ്യാനയോഗം തുടങ്ങിയതെല്ലാം പറയുന്നു ആദോ ഹൈരണ്യഗർ തനുമീവാത്മകമാതികത്വം ജീവത്വം പ്രാപ്യമായാ ഗുണഗതി വർത്തസേ വിഷയോനി തത്രോദേന സത്വന ഗണയുഗലം ഗുണയുഗലം പത്തിന ചി സത്ി ഹിത് പുനരഭൂതു പത്തിതാഹേവ ഹൈരണ്യഗർഭ്യം തനുമവവികലതി എപ്പോ നമ്മൾ ശരീരത്തെ എടുത്തുവോ ആ ശരീരത്തിൽ ഈശ്വരൻ രണ്ട് രീതിയിൽ പ്രകാശിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബുദ്ധിയിൽ പ്രകാശിക്കുന്ന ഈശ്വരനെ പരമാത്മാവായും മനസ്സിൽ പ്രകാശിക്കുന്ന ഈ ചൈതന്യത്തെ ഈ വാത്മായും മനസ്സെന്ന് പറഞ്ഞാൽ വികാരങ്ങളാണ് ചിന്തകൾ എങ്ങനെയുള്ള ചിന്തകളാണ് കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതുമായിട്ടുള്ള ചിന്തകളാണ് മനസ്സ് വികാരങ്ങളാണ് എന്നാൽ ബുദ്ധിയാണെങ്കിലോ അതെപ്പോഴും ദൃഢനിശ്ചയം ചെയ്യുന്നതാണ് വ്യക്തത തരുന്നതാണ് അപ്പൊ ബുദ്ധിയിൽ നമ്മൾ ഉറപ്പിക്കണം ഈശ്വരൻ എപ്പോഴും ആത്മാവായി ഇനി എന്ത് വേണം നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് മനസ്സിനെ വികാരത്തിൽ നിന്നും എങ്ങോട്ട് ഉയർത്തണം ഭഗവാനിലേക്ക് ഉയർത്തണം അങ്ങനെ ഉയർത്തുമ്പോൾ ജീവിത്വം പ്രാപ്യമായ ഗുണഗചിതവും ഈ മായയുടെ ഗുണങ്ങളിൽ നിന്ന് തമസിൽ നിന്നും രസസിൽ നിന്നും അഭിവൃദ്ധേന സത്വേന സത്വഗുണം വൃദ്ധിച്ച് ഭക്തിഭാവം നമുക്കെന്ത് വരും സത്വഗുണം വർദ്ധിക്കുന്നതോറും ഭക്തി കൂടുതൽ ഭഗവാനോടടുക്കും ഇപ്രകാരം ഭഗവാനെ ചിത്വ സത്വം ഹിഗിത്വ സത്വഗുണം പോലും വിട്ടുകൊണ്ട് അവസാനം മനസ്സത അങ്ങേയിലേക്ക് ചേരുന്നുവരെയാണ് സത്വോന്മേഷാൽ കഥാജിഗൽ ദോഷബോധോ വിഭൂമൻ പ്രവർത്തി ിത്തം ഒന്ന് സംസ്കാരം എന്ന് പറയും സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളിലുള്ള വാസന ഇനി രണ്ടാമത്തതിനെ പറയും ഭാവന എന്ന് പറയും നമ്മുടെ സങ്കല്പം ഭാവന എന്ന് പറയും പൂജയൊക്കെ ഒരു സങ്കൽപ്പമാണ് അല്ലെ മമോ സമസ്ത ദുർഗക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജ തുടങ്ങുന്നത് സങ്കല്പം ചെയ്യണം ആദ്യ സങ്കല്പം ചെയ്യണം ഇതുപോലെ നമ്മൾ ഭഗവാൻ ആത്മാവായി കൂടെയുണ്ടെന്ന് ബുദ്ധി കൊണ്ട് നല്ലവണ്ണം സങ്കല്പിക്കണം സത്യം അതാണെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ആ സത്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം കുറെ കാലമായി ബുദ്ധി പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ പുറത്തെവിടെയോ ആ ബുദ്ധി കൊണ്ട് നമ്മൾ ഉറപ്പിക്കും തോറും ആദ്യം അത് ചിന്ത ഭാവനയായിത്തീരും പിന്നെ ഭാവന ഒരു യാഥാർത്ഥ്യമായിത്തീരും ആ യാഥാർത്ഥ്യമാവുമ്പോഴാണ് അത് സംസ്കാരമായി തീരുന്നത് അപ്പൊ ഭാവന സംസ്കാരമായി തീരുന്നത് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മനസ്സിലാക്കണം രണ്ട് ഒന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ രണ്ട് ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷമുള്ള അവസ്ഥ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഭാവനയാണ് ഇയാൾക്ക് എന്താ ഭാവന ഇത് സ്റ്റെയറിംഗ് ആണ് ഇത് ബ്രേക്ക് ആണ് ഇത് ക്ലച്ചാണ് ഒക്കെ ഭാവനയിൽ ഉറപ്പിച്ചാണ് ആദ്യമായി ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾക്ക് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോൾ ഇയാൾ വരെ ബ്രേക്ക് ഔട്ട് എന്ന് ഔട്ട് കാരണം ഭാവന ഉറച്ചിട്ടില്ല അങ്ങോട്ട് ഇയാളിങ്ങനെ ഇടയ്ക്ക് നോക്കണം പിന്നെ നോക്കാം അങ്ങോട്ടാണ് അതുകൊണ്ടാണ് ഈ എല്ല് വെച്ച് ഓടിക്കേണ്ടി വരുന്നത് കാരണം മറ്റുള്ളവർക്കൊരു സൂചനയാണ് നിങ്ങൾക്ക് എല്ല് വേണമെങ്കിൽ നിങ്ങൾ മാറിക്കോളൂ കാരണം എന്റെ നോട്ടം താഴോട്ടായിരിക്കും മുന്നോട്ടാവില്ല കാരണം എവിടെയും ബ്രേക്കും ക്ലച്ചും കീറും ഇയാൾക്ക് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയി അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്താ ഇത്ര പറയുക ഞാൻ ഒരിക്കലും ഒരു ദിവസം പോയിരുന്നു അതിനെ അവർ ഒറ്റ ദിവസേ പോയിട്ടുള്ളൂ അതുകൊണ്ട് അന്നത്തോടുകൂടി നിർത്തിവെച്ച് ഞാൻ ആ ഒരു അനുഭവം നമുക്ക് വളരെ ഈ അനുഭവം തന്നത് അപ്പൊ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ വെയ്ക്കുമ്പോ മുന്നിൽ വരുന്നവരൊന്നും നമ്മൾ കാണില്ല എന്നാൽ ഈ ഭാവന ഉറച്ചുറച്ച് ഉറച്ചുറച്ച് പിന്നെ കാലിന് മനസ്സിലായി ഇത് ക്ലച്ച് ഇത് ബ്രേക്ക് എന്ന് മനസ്സിലായാൽ പിന്നെ കുറെ കഴിഞ്ഞാൽ അതൊരു സംസ്കാരമായി പിന്നെ നിങ്ങൾ വണ്ടിയെടുത്ത് പോകുമ്പോഴേക്കും ഏത് ഭാഗത്ത് വാഹനം വന്നാലും കാലിന്ന് അല്ലെങ്കിൽ പിന്നെ ചില ആളുകളുണ്ടല്ലോ ഈ ബസ്സിലിരിക്കുമ്പോൾ കാണാം ബ്രേക്ക് ഡ്രൈവറെ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ബ്രേക്ക് ചെയ്യാം അവന്റെ കാലമാണ് ഈ ഫുട്ബോളുകളൊക്കെ കാണാൻ പോയിട്ടുണ്ട് നിങ്ങൾ മൈതാനത്തിലെ കളി കാണാൻ പോയ രസാണ് ആ കോർണർക്കൊക്കെ വരുമ്പോൾ കുറെ കാലം ആ പൊങ്കി നിങ്ങൾ കളി കാണരുത് ഗാലറിയിലേക്ക് നോക്കണം അപ്പൊ കുറെ ആൾക്കാരുടെ വിചാരം അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അവരിങ്ങനെ തൊട്ട മുന്നിൽ ഇരിക്കുന്നവരുടെ തലയെ അടിക്കണതേ അതാ അവന്റെ പന്ത് കാരണം ആ ഭാവന ഇങ്ങുവരികയാണ് അപ്പൊ ആ ഭാവന കുറെ കഴിഞ്ഞാൽ സംസ്കാരമായി തീർന്നു ആണ് പൂജകളൊക്കെ നിങ്ങൾ നാമം ചൊല്ലുന്നൊക്കെ ഭാവനയാണ് പിന്നെ അത് നിരന്തരം ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അതൊരു സംസ്കാരമായാൽ പിന്നെ നിങ്ങൾ ഭാവന ചെയ്യണ്ട പിന്നെ താന അത് പശു അയവിറക്കുന്ന പോലെ വരും നിങ്ങൾ രാവിലെ എണീക്കേ വേണ്ടു നാമം ചൊല്ലണമെന്നൊന്നും പറയണ്ട ഉള്ളെന്നങ്ങോട്ട് നാമം വരും നേരെ കുറച്ച് നമ്മൾ പറയണം മനസ്സിനോട് പത്ത് മിനിറ്റ് ഇരിക്കും മനസ്സേന്ന് മനസ്സിലേക്ക് വേണം ഇരിക്കണോ ഇരിക്കുകയായിരുന്നു നാരായണ നാരായണ വേറെ ഒന്നും പറയല്ലേന്ന് മനസ്സ് സമ്മതിക്കില്ല ഹരേ രാമ ഹരേ രാമെന്ന് കേശവൻകുട്ടിയുടെ ഫോൺ എന്തായത് അല്ലെങ്കിൽ ഇന്നാളെ മാധവൻ ഫോൺ ചെയ്യാ പറഞ്ഞിട്ട് അതെന്തായത് ബാക്കിയെല്ലാ കാര്യം മനസ്സ് പറയും ഇത് മാത്രം പറയിപ്പിക്കില്ല കാരണം ആ ഭാവന അങ്ങോട്ട് ഉറച്ചിട്ടില്ല ഭാവൻ ഉറച്ചു കഴിഞ്ഞാലോ പിന്നെ പ്രശ്നമില്ല അതിപ്പോ നിങ്ങൾ വിഷ്ണു സഹസ്നാമം ചൊല്ലി ചൊല്ലി ശീലായിക്കഴിഞ്ഞാലോ ഉറക്കത്തിലും നിങ്ങളോട് ചൊരിക്കുക ഭൂതഭവ്യഭവത്ഭൂ നിങ്ങളൊരു ഭൂതഗത് ഭൂതഭത് ഭാവം പൂരിപ്പിക്കാൻ ബാക്കിയുള്ള വാ ഫില്ല ബ്ലാൻസ് വന്ന പോലെ കാരണം അത്ര നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരം വരുന്നത് വരെ നമ്മുടെ മനസ്സ് നമ്മളെ എന്തു ചെയ്യും കറക്കിക്കളയും അപ്പം നിർത്തരുത് ഭാവനയെ ക്രമേണ ക്രമേണ എന്താക്കി മാറ്റണം സംസ്കാരം ഏത് ഭാവനയും സംസ്കാരമാവുന്നത് നിരന്തരമായ ഒരു സംസ്കാരത്തിലൂടെയാണ് ആദ്യം സിഗരറ്റ് വലിക്കുന്ന ഒരു ഭാവനയാണ് അല്ലേ കുട്ടികൾ ഇങ്ങനെ വിചാരിക്കും കുട്ടിക്കാലത്ത് പിന്നെ അതൊന്നൊരു ദിവസം പ്രാക്ടീസ് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരിക്കും പിന്നെ അതൊരു സ്വഭാവമായി മാറും പണ്ടൊരാൾ പറഞ്ഞതുപോലെ പിന്നെ അത് ജീവിതത്തിന്റെ ഭാഗമായി മാറും ജ്യോത്സ്യരോടെ അടുത്തുപോയി ജ്യോത്സ്യരൊക്കെ വെച്ച് നോക്കിയപ്പോ പറഞ്ഞു കഷ്ടപ്പാടാണല്ലോ മാധവ സാമ്പത്തിക നഷ്ടം മാനനഷ്ടം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബജീവിതം മകളുടെ പ്രശ്നം ഒരു ഭാഗത്ത് ഇതെല്ലാം കൂടി ഇപ്പം ഇദ്ദേഹത്തിനാകെ സങ്കടമായി എത്ര കാലം അനുഭവിക്കണം ഏ ഒന്നര വർഷം അത് കഴിഞ്ഞാലോ പിന്നെ ഒരു ശീലമായിക്കോളുന്നു അനുഭവിച്ച് അനുഭവിച്ച് ഒന്നര വർഷത്തിന്റെ അഭ്യാസം എന്നല്ലോ ആ പ്രാക്ടീസ് തന്നെ പിന്നൊരു ശീലമായി ഇതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കുട്ടികളിലൊക്കെ രാവിലെ എണീക്കാത്ത ശീലം കാണിച്ച് കാണിച്ച് കാണിച്ച് അഭ്യാസായി ഇപ്പൊ ഒരു ദിവസം എണീക്കാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിങ്ങൾ കൃത്യം ഒമ്പതരയ്ക്ക് ടിവിയുടെ മുന്നിൽ ചെന്നിരിക്കുന്ന അഭ്യാസം ചെയ്താൽ പിന്നെ സംസ്കാരം മെഗാ സീരിയൽ കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾ അവിടെ വന്നിരുന്നിട്ടുണ്ടാവും ആ ഒരു അഭ്യാസം നിങ്ങളുടെ ഉള്ളിൽ വരും ഭാവന സംസ്കാരമായി മാറും എന്നിട്ടോ സന്ധിശ്രേയാംസി ഭൂയാസ്യജിവിതയാ കർമ്മി നിർമ്മിത ശുദ്രാനന്ദ സഹുവിധഗതയാഷ്ണേവ്യോ ഭവേയൂ ത് ചാഖ്യത സഖ്യേ ഹനുമിതമാം ശ്രേയസാമ്പത്മേഘം േയാം സിപൂയെ പടതിരിപ്പാട് പറയുന്നു അനവധി രീതികൾ പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാരതത്തിലുണ്ട് ഇതൊക്കെ ഭാരതത്തിൽ അനവധി ആചാര്യന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കർമ്മിതാം നിർമ്മിതാനി ആചാര്യന്മാർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ചിലരുടെ രാവിലെ എണീറ്റാനുള്ള സാധന എന്താണ് കുളിച്ച് ജപിക്കുന്നതായിരിക്കാം വേറെ ചിലർക്കുള്ള സാധന പൂജകൾ ചെയ്യുന്നതായിരിക്കാം വേറെ ചിലർക്ക് രാവിലെ തന്നെ ശ്വാസം എടുക്കുന്നതും പ്രാണായാമം ചെയ്യുന്നതായിരിക്കാം ചിലർക്ക് യോഗ ചെയ്യുന്നതായിരിക്കാം ചിലർക്ക് രാവിലെ തന്നെ കർമ്മങ്ങൾ പറ്റുന്നതുമല്ലോ ഹോമങ്ങൾ ചെയ്യുന്നതായിരിക്കാം ചിലർക്ക് വേദം ചൊല്ലുന്നതായിരിക്കാം ചിലർക്ക് വെള്ളത്തിലിറങ്ങിയെന്ന് ഗായത്രി ജയിപ്പിക്കുന്നതായിരിക്കാം പലതരത്തിലുള്ള സാധനങ്ങളുണ്ടെങ്കിലും എല്ലാം എങ്ങനെ ചെയ്യണം ശ്രേയസാം ഭക്തിമേഘം സമർപ്പണത്തോട് കൂടി ചെയ്യുമ്പോഴാണ് അത് ഭക്തിയുള്ളതായിത്തീരുന്നത് അത് യാന്ത്രികമായി ചെയ്യുന്നതിലല്ല കാര്യം ചെയ്യുന്നതെല്ലാം സമർപ്പണം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാൻ കൂടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ പ്രീതനാവുന്നു എന്ന ഭാവനയോടെ സന്തോഷിക്കുന്നു എന്ന ഭാവനയോടെ ചെയ്തു കഴിഞ്ഞാൽ അറ്റൊൽഭക്താനന്ദ തുല്യം അതിൽ ആനന്ദം കിട്ടും എന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇതിൽ സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഭഗവാൻ സന്തോഷിക്കണേ ഭഗവാൻ സന്തോഷിക്കണേ നിങ്ങൾ കുട്ടികൾ സന്തോഷിക്കണേ എന്ന രീതിയിൽ കർമ്മം ചെയ്യാറില്ലേ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ടേബിളൊക്കെ തുടച്ചു വെച്ചു അവന് പലഹാരം വെച്ചു കാപ്പി വെച്ചു ഇത് കാണുമ്പോഴേക്കും അവനൊരു സന്തോഷം വരും അതുപോലെ നിങ്ങൾ ഭർത്താവ് ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് കാപ്പിയൊക്കെ തയ്യാറാക്കി മുന്നിൽ ചിരിച്ചുകൊണ്ട് കൊണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സന്തോഷം ഇതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പോലെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ആരെ സന്തോഷിപ്പിക്കണം ഉള്ളിലിരിക്കുന്ന ഭഗവാനെ സന്തോഷിപ്പിക്കണം അത് നമ്മൾ പ്രേമത്തോടെ മറ്റ് ചിന്തകൾ അതിലേക്ക് കലരാൻ അനുവദിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിച്ച് ആനന്ദതുല്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇതിൽ പരമെന്ത് എന്താണ് നമ്മുടെ ആനന്ദം എവിടെ നിന്ന് കിട്ടുക സ്വയം കമലജപവനം യോഗിശാക്ഷേദാസ്താം സ്വയം അനുപതി നിങ്ങളിവിടെ ഭക്തിയിൽ തുഷ്ടരാണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ പോയാലും സുഗമിക അവിടെ എന്തായിരിക്കും പരമസുഖം തന്നെ ഇവിടെ ഭക്തിയുണ്ടോ അവിടെയും ഭക്തി വിചുദാശാസ അതിന്നൊരിക്കലും നിങ്ങൾക്ക് വിചുതി ഉണ്ടാവില്ല ഏതുപോലെ തോയേകമയ്യ ഒരാൾ മുക്കുവൻ കടലിൽ പോകുന്നു ആ കടലിൽ പോയാൽ ബോട്ടിൽ കടലിൽ എങ്ങോട്ട് പോയാൽ അകത്തേക്ക് പോയാൽ പിന്നെ അയാൾ എവിടെ പോയാലും കടലിന്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെയൊക്കെ ആൾക്ക് വെള്ളം കാണാം വെള്ളത്തിലാണല്ലേ ആളിരിക്കുന്നത് അതുപോലെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഇവിടെ തന്നെ നിങ്ങൾക്ക് ഭക്തി ദൃഢമായാൽ പിന്നെ ഏത് ലോകത്തിൽ പോയാലും നിങ്ങൾ അമേരിക്കയിൽ പോയാലും നിങ്ങളുടെ കൂടെ ഭക്തിയുണ്ട് എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഭത്തിയുണ്ട് പറയാണ് അതൊരു അനുഭൂതി തന്നെയാണ് പരമമായ സുഖം ഇവിടെ തന്നെ കിട്ടും സ്വയം അനുഭവതിതേ മോക്ഷ സൗഖ്യേ ഇവിടെ തന്നെ നിങ്ങൾക്ക് മോക്ഷ സൌഖ്യം അനുഭവിക്കാം അല്ലാതെയോ പറയാണ് ബാക്കിയുള്ളതെല്ലാം തൽക്കാലത്തേക്ക് മാത്രം സുഖം തരൂ പരമമായ സുഖം അത് തന്നുകൊള്ളണമെന്നില്ല ഏത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു വന്നാൽ നിങ്ങൾക്ക് ആ സുഖം കിട്ടാൻ വീണ്ടും എവിടെ പോകണം ഗുരുവായൂർ പോണം ശബരിമലയിൽ പോയി സുഖമുണ്ടെങ്കിൽ വീണ്ടും ആ സുഖം കിട്ടാൻ നേരെ കുറച്ച് ഇവിടെ തന്നെ നിങ്ങൾ അയ്യപ്പനെ ഗുരുവായൂരപ്പനെ ആത്മാവായി കണ്ടുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ ഉള്ളിൽ തന്നെയാണെന്ന ബോധത്തോടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ആരുണ്ട് ഗുരുവായൂരപ്പനും സുഖവും എന്നിട്ടോക്തിൽ ഭക്തി പുനരവികൃത അങ്ങയുടെ ഭക്തൻ തൊൽഭക്തോ ബാദ്യമാനോപി വിഷയരസി ഇടയ്ക്ക് അങ്ങയുടെ ഭക്തൻ വിഷയരസത്തിൽ വീടു പോയാലും ആ ഭക്തിയുടെ മഹത്വം കൊണ്ട് ഭക്തേകം ആക്രമ്യമാണ് ആ ഭക്തി ഉള്ളിൽ കടന്ന് ആക്രമിച്ചുകൊണ്ട് അവന്റെ ആ ലൗകിക വിഷയ തൃഷ്ണയെ അത് ദഹിച്ച് വീണ്ടും അവൻ ഗരുതയി ദുർബലീനാവിജയ്യ അതിനെ ജയിച്ചുകൊണ്ട് അവൻ അതിനെയൊക്കെ ദുർബലമാക്കിക്കൊണ്ട് ഉയർന്നുവരുന്നതാണ് സപ്താർച്ചിദ് ദീപതാചിദ്ഹതി ഏതുപോലെ കാട്ടിലെ വിറക് വിറക് കൂട്ടം ആ അഗ്നി ഒരു കാടിനെ തന്നെ കത്തി നശിപ്പിക്കുന്നത് വീണ്ടും അയാളുടെ ഉള്ളിൽ ജലിച്ച ആ ഭക്തി വെളിച്ചം അയാളുടെ ഉള്ളിലെ വിഷയവാസനകളെ കത്തിച്ച് ഭസമമാക്കണു അജാമിളന്റെ ഒക്കെ കഥ നമ്മളെങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അജാമിളൻ കുട്ടിക്കാലത്ത് സംസ്കാരമുള്ളവനായിരുന്നു ഇടയ്ക്ക് വെച്ചൊരു വേശീയമായി സംഗമവന്നു വന്നു അയാൾ വീണു പക്ഷെ വീണ്ടും അയാൾക്ക് ആ ഭക്തി സംസ്കാരം വന്ന് അയാൾ വീണ്ടും ഭക്തിയിലേക്ക് ഉയർന്ന് അയാൾ വിഷ്ണുപാതം പ്രാപിച്ചു പറയുന്നത് അല്ലേ അപ്പോ ഭക്തൻ ഇടയ്ക്കെന്ന് വിഷയരസത്തിൽ വീണാലും വീണ്ടും അയാളുടെ ഭക്തി അയാളെ ഉയർത്തിക്കൊണ്ട് അയാളെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഭക്തി ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പറയുകയാണ് അത് നിരന്തരമായി നമ്മുടെ മുന്നിൽ കൂടെ ഉണ്ടാവണമെന്ന് പറയാണ് ഏതേറ്റോ ചിത്രാദീഭാവമുച്ചേ വപുഷിജപുളകം ഹർബാഷ്പം ചിത് ചിത്തം ശുദ്ധേ കഥം വേയാ വേദഭക്തേ ൽഗാദാസ്വാ സിദ്ധാന് വിദ്യമാനേ ആത്മാർവർത്ത സൂക്ഷ്മ അതെയ തർക്കോട്ടെ ചിത്രാവിം വപുഷിപുളകം ഹർഷാഷ്പ ഭഗവാന്റെ നാമചിന്ത സമയത്ത് ഭഗവാനെ തന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് ഇനിയൊന്നും എനിക്ക് ബാധകമല്ല എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന ഭാവനയൊക്കെ വെച്ചുകൊണ്ട് നാമസങ്കീർത്തനത്തിലൂടെ മനസ്സിനെ ലയിപ്പിച്ചുകൊണ്ട് ഹർഷബാഷ്പം ഹിത്വാചിത്തം നമ്മുടെ മനസ്സിനെ തന്നെ ഭഗവാന് വിത്വ വിട്ടുകൊടുത്തുകൊണ്ട് ശുദ്ധി ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് വീതഭക്ത നല്ലൊരു ഭക്തനായിട്ടെന്ന് ഉയരൂ എന്ന് പറയുന്നത് എന്നാൽ സോറി വീതഭക്ത ബഹുതമസ വിദ്യാക്യം ഒരു ഭക്തിയില്ലാത്തവൻ വെറുതെ കുറയുന്ന നാമജപിച്ചതുകൊണ്ടോ കുറെ പൂജ ചെയ്തുകൊണ്ടോ കുറെ മന്ത്രം ജപിച്ചതുകൊണ്ടോ കാര്യമെന്ത് തൊൽഗാഥാസ്വാദന സിദ്ധാന്തന സതതമയ വിദ്യമാനെ അതെങ്ങനെയാണ് ഭഗവാന്റെ ചിന്തനമില്ലാതെ എന്ത് ചെയ്താലും അത് പരിശുദ്ധീകരിക്കില്ല എന്നാൽ തൊൽഗാഥാസ്വാദനം ആസ്വദിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ തീർച്ചയായിട്ടും വളരെയധികം ആത്മീയമായി ഉയർത്തും തത്വസൂക്ഷ്മം പരിധി നമ്മളെ തത്വബോധത്തിലേക്ക് ഉയർത്തും അഭ്യസ്തയ തർക്കകോട്ടിയ ടു അത് നിരന്തരമായ അഭ്യാസം കൊണ്ടും മറ്റും എത്തും അല്ലാതെ തർക്കകോട്ടിയ എന്താണ് വെറുതെ തർക്കിച്ച് ബഹളം വെച്ച് എന്തോ നമുക്ക് തോന്നിയത് ചെയ്തതുകൊണ്ട് കൈവരിക്കാൻ സാധ്യല്ല എന്നിട്ടോ ധ്യാനം തീശീലേയം സമതാസനോനാസിക അഗ്രണിത്നം തവാഞ്ചം ം ആ പൂജയെക്കുറിച്ച് പറയാണ് എട്ട് പടികളിലൂടെ നമ്മൾ പൂജകളെ ചെയ്തുകൊള്ളണം മാനസപൂജ എങ്ങനെയാണ് ധ്യാനത്തിന്റെ പ്രക്രിയ ആദ്യം ഒരു ഭാഗത്ത് നിവർന്നിരിക്കണം പിന്നീട് പ്രാണായാമം ചെയ്തുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കണം പിന്നെ ആ ചെയ്ത് ഓങ്കാരം മനസ്സിനെ ഭഗവത് ഭക്തിയുടെ ഒരു സാന്നിധ്യമുണ്ടാക്കണം ആ മനസ്സിലേക്ക് ഭഗവാന്റെ രൂപത്തെ ആവാഹിക്കണം പിന്നെ ആ രൂപത്തെ അഭിഷേകം ചെയ്യണം സ്നാനം പിന്നീട് അലങ്കാരം ചെയ്യണം പിന്നീട് ഭഗവാന് എന്താണ് അലങ്കാരത്തിന് ശേഷം നിവേദ്യം കൊടുക്കണം പിന്നീട് അർച്ചനകളും കീർത്തനങ്ങളും ചൊല്ലണം പിന്നെ ധൂപ പൂജാദികളൊക്കെ ചെയ്തുകൊണ്ട് അർച്ചനാദികൾ ചെയ്തുകൊണ്ട് കർപ്പൂരം കാണിച്ചുകൊണ്ട് അവസാനം തന്നെ തന്നെ ഭഗവാന് നിവേദിക്കണം ഇങ്ങനെ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ക്രമേണ ക്രമേണ മനസ്സിനെ ഉയർത്താൻ ഏത് രൂപത്തെ ധ്യാനിക്കണം ആ നീലശ്രക്ഷണകേശം ലളിതമകരസൽ കുണ്ടലം മന്ദസർദ്രം കൗസ്വശ്രീ പരിഗതമനമാലൂരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹം മധുരസൂദരം കാഞ്ചനശേലംസ് ഭഗവാന്റെ ശ്യമ വർണ്ണം അതിമനോഹരമായിരിക്കുന്ന വർണ്ണത്തെ ഇവിടെ വർണ്ണിച്ചുകൊണ്ട് തലമുടിയും അതിൽ കെട്ടിയിരിക്കുന്ന ഭഗവാന്റെ മയിൽപീലിയും പിന്നീട് വനമാലയും കൌസ്തവും ശ്രീവത്സവും ശംഖുചക്ര കഥാപത്മങ്ങളും പീതാംബരവും എല്ലാം ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന പാദങ്ങളും പാവന ചെയ്തുകൊണ്ട് മനസ്സിലുറപ്പിക്കൂ സർവാീ ചരി സുന്ദരേ മന്ദഹാസേ തത്രാലിനോ ചിന്തയേംവം ഇപ്രകാരം ഭഗവാന്റെ ആ ചതുർഭുജ രൂപത്തെ ധ്യാനിച്ചതിനു ശേഷം സർവാംഗേ ശ്രീതിമുഹോ ഓരോ ഭാഗങ്ങളെയും കണ്ടുകൊണ്ട് ധാരയൻ തത്ര അഭി ഏകത്ര സുന്ദരേ മന്ദഹാസേ എങ്ങോട്ട് വരണം മനസ്സ് ഭഗവാന്റെ ആ ചുണ്ടിലേക്ക് വന്ന് ആ മന്ദഹാസത്തെ നോക്കിക്കൊണ്ട് തത്വ ആലീനം ചെയ്ത മനസ്സിനെ അവിടെ നിമഗ്നമാക്കിക്കൊണ്ട് പരസുഖചിത അദ്വൈതരൂപേ ആ പുഞ്ചിരി മാത്രം ഭഗവാനെ മറന്നേക്കണം ആ പുഞ്ചിരി മാത്രം കണ്ടുകൊണ്ട് ആ മന്ദസ്മിതത്തിന്റെ ആ രൂപത്തെ ആ ഭാവത്തെ ചിന്തിച്ചുകൊണ്ട് അദ്വൈതഭാവത്തിൽ ഭഗവാൻ അന്യ എന്നിൽ നിന്നും അന്യനല്ല എന്ന ബോധത്തോടെ ചിന്ത ചെയ്യും ഇപ്രകാരം ഭഗവാനുമായി നല്ലൊരു രൂഢഭാവം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ രൂപത്തെ പിടിച്ചുകൊണ്ട് ആ മന്ദസ്മിതമുള്ള മുഖത്തിലെത്തിക്കഴിഞ്ഞ് പിന്നെ മുഖത്തെ വിട്ട് മന്ദസ്മിതം മാത്രം ചിന്തിച്ചുകൊണ്ട് അവസാനം തന്റെ ആത്മാവ് തന്നെയാണ് അതെന്ന ബോധത്തോടെ ഭഗവാൻ അന്യനല്ല എന്ന ബോധത്തോടെ ഉറപ്പിക്കാൻ സാധിച്ചുകൊണ്ട് ഉയരണം ഇങ്ങനെ ഇത്താനോഗിമാ ൂർണ്ണം ഇപ്രകാരം ധ്യാനം ചെയ്യുന്ന സമയത്ത് അണിമാതി സിദ്ധികളൊക്കെ വരുന്നാ പറയുന്നത് എന്നാൽ ഞാൻ അതിലൊന്നും എന്റെ മനസ്സിനെ വെക്കുന്നില്ല ഭഗവാനെ എനിക്ക് വേണ്ടത് തൃത്സംപ്രാപ്തോ എനിക്ക് അങ്ങേ തന്നെയാണ് പ്രാപിക്കേണ്ടത് അതിന് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ താപത്തിൽ നിന്നും എന്നെ മുക്തമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടുതിരിപ്പാടൊപ്പം സമരിപ്പിക്കുന്നു പിന്നീട് ഭഗവാന്റെ വിഭൂതിയെക്കുറിച്ച് പറയുകയാണ് എന്താ വിഭൂതി ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ ഈ വിഭൂതികളെ നോക്കുക ഏതൊക്കെയാണ് പരമൊരുമഹിമാരാണാമി മുനുഷു പ്രഹ്ലാദോ പശുശുരഭി പക്ഷി ഭഗവാൻ ത്വം സാക്ഷാത് പരം ബ്രഹ്മ സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന പരംബ്രഹ്മം തന്നെയാണ് അങ്ങനെയുള്ള അങ്ങേ അക്ഷരാണാമകാര മന്ത്രി സുതാര രാജാനാം മനു അസി മുനിഷുഭൃഗു പ്രഹ്ലാദ പശുഷു സുരഭി പക്ഷിണാം നാഗാനാം അനന്ത ഇതിലൊക്കെ കണ്ടുകൊള്ളണം പറഞ്ഞപ്പോൾ മനസ്സിലാവും നമുക്ക് അതായത് എപ്പോ നിങ്ങൾ ഓങ്കാരം മുഴക്കുന്നു അപ്പം നിങ്ങൾ ഭഗവാന്റെ വിഭൂതിയെ കൈവരിച്ചു നിർത്താം ഭഗവാന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നതിനെയാണ് വിഭൂതി ഒരു തോണി എന്ന് പറയാം നിങ്ങൾക്ക് പുഴ കടക്കാൻ തോണി എന്ന പോലെ അത് വിഭൂതിയാണ് അതിലിരുന്നു കൊണ്ട് നമുക്ക് എവിടെ എത്താം ഭഗവാൻ ഇപ്പൊ നിങ്ങൾ ഓന്ന് ചൊല്ലുമ്പോ നിങ്ങളുടെ മനസ്സ് ശാന്തമായി ആ മനസ്സ് ഓം എന്ന് ചൊല്ലുമ്പോൾ മനസ്സ് ശാന്തമാവുന്നു ശാന്തമായ മനസ്സുകൊണ്ട് ആരെ അനുഭവിക്കാം ഉള്ളിലിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാം അപ്പൊ ഓങ്കാരം ഒരു വിഭൂതിയായി അപ്പൊ ഭഗവാനെ അനുഭവിക്കാൻ എന്തെല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ടോ അതെല്ലാം വിഭൂതികളാണ് അന്നത്തെ വിഭൂതികളായിട്ട് പ്രഹ്ലാദൻ നാരദൻ എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മൾ വിഭൂതിയായിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ കാണണം ഇപ്പൊ കണ്ടാൽ നമ്മൾ വിഭൂതിയായിട്ട് കാണണം വിളക്ക് കാണുമ്പോഴേക്കും എല്ലാ ചിന്തയും വിട്ട് നമ്മുടെ മനസ്സാരിലേക്കണം അതുപോലെ വിഗ്രഹം കാണുമ്പോ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റണം അല്ലേ കാരണം അന്നത്തെ വിഭൂതി ഇന്നത്തെ വിഭൂതി വ്യത്യസ്തമാണ് കാലം മാറുമ്പോ എല്ലാം മാറും അപ്പം ആ ലോക അന്നത്തെ കാലഘട്ടത്തിൽ നാരദരൊക്കെ ആയിരുന്നു പിന്നീടോ ബ്രഹ്മണ്യാനിസ്ഥം യജ്ഞോ സി വീരേഷാമുദ്ധവസ്തംസിബലിനേജസ് ശയം ബ്രഹ്മണ്ലിരഹം ബ്രാഹ്മണ സംസ്കാരമുള്ളവരിൽ വെച്ച് അങ്ങ് ബലിയാണ് വാസ്തവത്തിൽ ബലി ജനിച്ചത് അസുരനായിട്ടാണ് പക്ഷെ ഇവിടെ ബ്രാഹ്മണർക്കുള്ള സ്ഥാനമാണ് ആർക്കും കൊടുത്തിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ബലിയെ എല്ലാ സമ്പൽ ഭഗവാൻ അപഹരിച്ചിട്ടും ബലി മനസ്സുകൊണ്ടിരിക്കലും തളർന്നില്ല പതറിയില്ല അതുകൊണ്ട് ബ്രാഹ്മണനാണ് നിർഭയരാണ് കൃതുഷ ജയയജ്ഞോസി ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ മറ്റൊരു ഇതെന്താണ് വിഭൂതിയാണ് ജപയജ്ഞം എന്ന് പറയുന്നത് നിരന്തരമായി ജപയജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ വിഭൂതിയാണ് കൈവരിച്ചിരിക്കുന്നത് വീരേഷ പാർത്ത പാർത്ഥനാണ് വീരന്മാരിൽ ഭക്താനാമുദ്ധവ ഇപ്രകാരം ന അത്യന്ത വസ്തുവിഭൂതയും വികസിത അതിശയം വസ്തു സർവം തമേവ ഇവിടെ അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വസ്തുവുമില്ല പക്ഷെ ഇവരെയൊക്കെ പറഞ്ഞതോ ഇവരിൽ കുറേയും കൂടി ആ പ്രകടമാണ് കുറേ കൂടി ഈശ്വരഭാവം പ്രകടമാവുന്നവരെ നമുക്ക് കുറേ ആകർഷണം വരും അല്ലേ അതുകൊണ്ടാണ് ഇവരെയൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സാധാരണ ബൾബിൽ നിന്ന് ഈ ബൾബൊരു കുറേയും കൂടി പവർഫുള്ളാണത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് നോക്കും സാധാരണ ദീപത്തിൽ നിന്നും സൂര്യന്റെ പ്രകാശം ശക്തിമത്താണ് അതുകൊണ്ട് നമ്മൾ സൂര്യനെ കാണും മനസ്സിലാ നോക്കുമെന്ന് പറയാന് എവിടെ നമുക്ക് തേജസ്സും ഓജസ്സും കൂടുതൽ തോന്നുന്നുണ്ടോ അവിടെ ഭഗവാന്റെ വിഭൂതി സ്പഷ്ടമാണ് അവിടെ നമ്മൾ പോയാൽ വേഗം നമുക്ക് ഭഗവാന്റെ അനുഭൂതിയെ അനുഭവിക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ ഗുരുവായൂരിൽ പോയാൽ മറ്റു ക്ഷേത്രങ്ങളെ പോലെയാണോ കൂടുതൽ ഒരു ആകർഷണം നമുക്കുണ്ട് കാരണം അത്രമാത്രം ഭക്തന്മാരവിടെ നാമം ജപിച്ച് നാമം ജപിച്ച് അന്തരീക്ഷത്തെ എങ്ങനെയാക്കി തീർത്തിട്ടുണ്ട് ഇത് മറ്റെടുത്ത് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ മറ്റെടുത്ത് ആൾക്കാരിരിക്കില്ല അവരവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നത് ആ സീരിയൽ അമ്മയെ ബില്ല് ചെയ്താണ് സിരിയുള്ള കഥകള അമ്പലത്തിൽ നിന്ന് പറയേണ്ടത് പിന്നെ ഇനി നടക്ക് അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലം നിങ്ങളുടെ വീടിനെ വിഭൂതിയാക്കി മാറ്റാം അങ്ങനെ ഭഗവാൻ ഇനി വ്യാസരെ എഴുതുകയാണെങ്കിൽ പറയും നിങ്ങളുടെ വീടും ഒരു വിഭൂതിയാണ് എല്ലാം അങ്ങനെ ഭഗവാൻ വിഭൂതിയാക്കി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ നമുക്ക് ഭഗവാനിലേക്ക് വരാൻ ഏതെല്ലാം തേജസ്സിനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ വിഭൂതിയാണ് എന്നിട്ട് പറയുന്നു ധർമ്മം വർണ്ണാശ്രമാണം ശ്രുതിപഥവിഹിതം നിർമ്മൂലം വിശ്വമൂലം പരമാവിധി തൊൽവിഭൂതം വിശുദ്ധം ധർമ്മം വർണ്ണാശ്രമാണം നമുക്ക് ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം തൊൽപ്പരത്യേന ഭക്തി ആരാണ് ഭക്തിയോടുകൂടി ചെയ്യുന്നത് ശരഗീ സന്ധ്യഞ്ന്തോല ബന്ധി അവരുടെ മനസ്സ് ക്രമേണ ക്രമേണ ക്രമേണ ആ ഭഗവത് വിചാരത്തിന് പ്രാപ്തമായി തീർന്ന് സത്സംഗത്തിലൂടെ അവർക്ക് നിർമ്മൂലം വിശ്വമൂലം പരമഹമിരി ഈ പ്രപഞ്ചത്തിന് മൂലമായിരിക്കുന്ന പരമപഥമായിരിക്കുന്ന തൊൽവിബോധം വിശുദ്ധം ഭഗവാന്റെ പരമമായ ബോധരൂപത്തെ ചൈതന്യഭാവത്തെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും വരെയാണ് എന്നിട്ടോ ജ്ഞാനം കർമ്മ വിഭക്തി ഹൃദയമയ ഭഗവത്പ്രാപകം തത്രതാവൻ നിന്നശേഷവിഷയ സക്താനാം കർമ്മയോഗ് വിനഹിതോ ഏത്ത് നാത്യന്തസക്താപ്യത്യന്തം വിരക്തൃശ ഭക്തിയോഗേ മൂന്ന് യോഗങ്ങൾ ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ഇത് മൂന്നും എളുപ്പത്തിൽ നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ പ്രാപ്തമാക്കി തീർക്കുന്നു കാരണം കർമ്മയോഗം ശരീരത്തിന്റെയാണ് ഭക്തിയോഗം മനസ്സിന്റെയാണ് ജ്ഞാനയോഗം ബുദ്ധിയിലെയാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം ശരീരം ഭഗവാന്റെ ദാസനാവുന്നതാണ് കർമ്മയോഗം മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുന്നതാണ് ഭക്തിയോഗം എല്ലാം ഭഗവത് പ്രസാദമായി സ്വീകരിക്കുന്നതാണ് ഭക്തിയോഗം ബുദ്ധി എന്ത് ചെയ്യുന്ന സമയത്തും ഇത് ഭഗവാൻ പ്രീതിപ്പെടണേ എന്ന രീതിയിൽ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ജ്ഞാനയോഗം ഇങ്ങനെ ഇത് മൂന്നും ഒരേ തലത്തിൽ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഭക്തിയിലേക്ക് ഭഗവാനിലേക്ക് ആ സമർപ്പണത്തിലേക്ക് കൊണ്ടുപോവാൻ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് ഇത് മൂന്നും നമുക്ക് ഉപയോഗപ്രദമാണെന്ന് പറയാണ് ജ്ഞാനം തൊൽഭക്താം ലഘുസുഖതമശ മത്യലോകേലവന്ദേ തസ്മാതത്രന്മാ പ്രഹേതി ഭഗവൻഗമോ നാരഗോവാവിഷ്ടം മാം തോദൈവാൽ ജലനിതോദായം കൃത്ാരം ഈ ഭാരതത്തിലാണെങ്കിലും ജ്ഞാനവും ഭക്തിയും എളുപ്പം കൈവരിക്കാൻ സാധിക്കുന്നു മത്യലോകെ ലഘുലപതി പ്രത്യേകിച്ച് ഭാരതത്തിൽ ഇത് വേഗം ലഭിക്കാൻ പ്രാപ്തമാക്കുന്നു അതുകൊണ്ട് നാരകഹ നരകത്തിലും നരകത്തിലുള്ള ആളുകളൊക്കെ ഈ എന്താണ് ഇവിടെ വന്ന് ജനിച്ചുകൊണ്ട് ഈ ഭക്തിയിലൂടെ ഉയരാൻ തന്നെ ആഗ്രഹിക്കുന്നവരാണ് ഭഗവാനെ എപ്രകാരമാണോ ഒരു തടി വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് അതുപോലെയായിരിക്കും ഇങ്ങനെയൊരു മർത്യലേഹം കിട്ടിയിട്ട് എന്റെ മനസ്സിനെ ഈ മർത്യദേഹത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെനിക്ക് ഉയർത്താൻ സാധിച്ചാൽ എന്റെ ജന്മവും വളരെ സുഖപ്രദമായി ഗുരു എന്നാണ് അനുഗ്രഹീതമായി തീർന്നു എന്ന് പട്ടരിപ്പാട് പറയുന്നത് എന്നിട്ട് അവ്യക്തം മാർഗ എന്താ ശ്രുതിവിരഭിനി കേവലജ്ഞാനലുധ ക്ലിശ്യന്തേ ദൈവസിദ്ധ്യം ബഹുദരജനുഷാം ദൂരസ്ഥർമ്മോപിജപരമബലേ നന്ദയം ഭക്തിയോഗ ഭക്തിയില്ലാതെ വെറുതെ ജ്ഞാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ കർമ്മം ചെയ്തുകൊണ്ട് കാര്യമില്ല അതിലെല്ലാം ഭക്തി ചേരുമ്പോഴാണ് അതിന് പേയ്സ് കിട്ടുന്നത് ഇതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ പുട്ടു ഇടുന്നത് പോലെയാണ് അതിൽ നാളികേരം രസം വരുന്നത് അല്ലേ അതുപോലെ നമ്മുടെ വെറുതെ ജ്ഞാനം കുറെ ഉപനിഷത്ത് പഠിച്ചു മന്ത്രങ്ങൾ വൈഹാട്ട് പഠിച്ചു അതുപോലെ കുറെ യാഗങ്ങളും പൂജകളും ചെയ്തു അതുകൊണ്ട് ഫലം കിട്ടില്ല അതിന് ഫലം പൂർത്തീകരിക്കണമെങ്കിൽ അതിനെല്ലാം എന്തുകൊണ്ട് ചേർക്കണം ഭക്തി ജ്ഞാനം നമ്മൾ ഉറപ്പിക്കേണ്ടത് ഭഗവാൻ പ്രീതനാവണേന്ന് അപ്പൊ നമ്മുടെ മനസ്സതിന് ഇൻവോൾവ്മെന്റ് ചെയ്യും ഇല്ലേ ഞാൻ ഭഗവാന്റെ ദാസനാവണേ എന്ന ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുമ്പം അവിടെയും നമ്മുടെ മനസ്സ് ഇൻവോൾവ് ആയി അപ്പൊ ഭക്തിയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഫലം കിട്ടില്ല കിട്ടുന്ന ഫലം യഥാർത്ഥമായ നമുക്ക് അനുഭവം നമുക്ക് നല്ല ഗുണം ചെയ്യുന്ന അനുഭവമായി കൊള്ളുന്നില്ലാതെ വരികയാണ് എന്നിട്ടോ രമതം തുഷണ് ും ഈ ജ്ഞാനം കൈവരിക്കാനാണ് നമ്മൾ സത്സംഗങ്ങളിൽ പോകേണ്ടത് ഭക്തി കൈവരിക്കാനാണ് നമ്മൾ ഭക്തി നമ്മൾ നാമസങ്കീർത്തനം ചെയ്യേണ്ടത് അതുപോലെ ശരീരം കർമ്മയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവകൾ ചെയ്യുന്നത് ഇപ്രകാരം നമ്മൾ ചിത്തത്തിനെ മനസ്സിനെ തന്നെ ഗുരുക്കന്മാരിലൂടെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ ഇവിടെ തന്നെ ഭഗവാന്റെ ധ്യാനരൂപവും എല്ലാം നമുക്ക് എളുപ്പം സാധിക്കും ഭഗവാന്റെ കൃപയാലും കാരുണ്യത്താലും ഈ പരിശീലനം നമ്മൾ എളുപ്പം ഉയർത്തുമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ോഷബു അവിടുത്തെ കാരുണ്യത്തോടുകൂടിയിട്ട് എല്ലാത്തിലും ഭക്തിയോടുകൂടി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും തിരുനാമങ്ങൾ ചൊല്ലുമ്പോഴും യാതശ്രദ്ധോഭികാമാനൈബു വനപതി നൈവ ശുക്നോവി തെൽക്കഥോ ഗാഠം ദുഃഖനെ ചെയ്യുന്നുണ്ടെങ്കിലും കുടുംബപരമായ ചിന്തകളിൽ നിന്നും ഞാൻ മുക്തനല്ല അതുകൊണ്ട് ഗുരുവായപ്പ ഭക്തിമേവ എന്നെ എല്ലാ തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് അവിടുത്തെ പാദഭക്തിയിൽ തന്നെ ദൃഢമാക്കിത്തരണമേ എന്ന പട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് കശ്യാർജിതാർത്ഥമതേ ഉഗൈ രാഗേവം ദുഃഖേതു അധിക ഗുണഗണം ആവയേ സർവകാരീതി പുത്രാശാന്തോഗതസ്വാം ഒരിക്കലൊരു ബ്രാഹ്മണൻ വളരെ കഷ്ടപ്പെട്ട് കുറെ സമ്പാദിച്ചുകൂട്ടി ആ സമ്പാദ്യങ്ങളെയെല്ലാം ഒരു കള്ളൻ അപകരിക്കുകയും ബാക്കി ഭാര്യയും മക്കളും അപഹരിച്ചപ്പോ ആ ഭാര്യയും മക്കളും അദ്ദേഹത്തിനെ ചേതോം ഈ ദുഃഖ ഹേതു ആളുകളല്ല എന്റെ ദുഃഖത്തിന് കാരണം എന്റെ മനസ്സ് തന്നെയാണ് ദുഃഖത്തിന് കാരണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എപ്പോഴും എന്റെ മനസ്സിനെ ഭഗവത് വിചാരത്തിൽ നിർവൃതനാക്കിക്കൊണ്ട് ശാന്ത ഞാൻ ശാന്തനാക്കിക്കൊണ്ട് കൊണ്ടു നടക്കുന്നു അതുകൊണ്ട് എനിക്ക് ചിത്തശാന്തിയുണ്ടെന്ന് ഒരു ബ്രാഹ്മണൻ പണ്ട് പാടിയ കഥയെ ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞപ്പോൾ സമർപ്പിക്കാം എന്നിട്ട് പറയുന്നു അയിൽ അപ്രാഗുർവശിം പ്രത്യതി വിവശമനാ സേവമാനാടം നിർവിത്യൂയോ യുവതി സുഖമിതം പണ്ട് പൊരൂരമസ് എന്ന് പറയുന്ന ഒരാൾ ഉർവശി താൽപര്യമുള്ള ആളായി തീർന്ന് ആ ഉർവശിയെ തന്നെ മനസ്സ് വെച്ചുകൊണ്ട് ഉർവശിയോടുകൂടി ചേർന്ന് ഗാഠൻ നിർവിത്തിയ അതിൽ തന്നെ മുഴുകി അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നു ഉർവശിയുമായിട്ട് എപ്പോ ഉർവശിയെ ഇദ്ദേഹം നഗ്നായി കാണുന്നു അന്ന് ഉർവശി വിട്ടുപോകുന്നു ആ ഉർവശിയുടെ പിന്നാലെ അദ്ദേഹം ഓടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഉവശി പറയാണ് കഷ്ടം ഈ ശരീരം മാംസ ശരീരത്തിന് പിന്നാലെയാണല്ലോ നിങ്ങൾ പോകുന്നത് ക്ഷുദ്രം സുഖത്തിന്റെ പിന്നാലെയാണ് പോകുന്നത് യുവതിസുഖം ക്ഷുദ്രം ഇത് മനസ്സിലായതും തൊൽഭക്തി പൂർണ്ണ സുഖതരമതിരൽ അവിടുത്തെ ഭക്തിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമായി ഇപ്രകാരം ഭക്തോത്തംസം ക്രിയ ഇങ്ങനെ എനിക്കും ഭക്തന്മാരുമായിട്ടുള്ള സംഘം വന്ന് അങ്ങയോടുകൂടി ചേരാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് ഉപസംബരിപ്പിച്ചു